ഥിപേ ശ്രാവയശുഭിരം പാർത്ഥയാർത്തിഹരോ ദൂർത്തിനരി താ യോഗ മന്യന്യധാരണ അപ്രമത്ത യോഗോ ഹി പ്രഭവാപ്യയൗ ഉപനിഷത്ത് പറയുന്നു സ്ഥിരാം ഇന്ദ്രിയധാരണാം ഇന്ദ്രിയങ്ങളും സ്ഥിരമായി നിൽക്കുന്ന സ്ഥിതിക്ക് യോഗം ഇതി മന്യന് യോഗം എന്നു പേർ നമ്മള് സാധാരണ പറയുന്ന ആത്മവിചാരം ആത്മവിചാരം അല്പം ബുദ്ധി തെളിഞ്ഞ ആള് ചെയ്യുകയാണെങ്കിൽ ര് എന്നുള്ള വിചാരം കൊണ്ട് ഒരു മധ്യമ അധികാരിയായിട്ടുള്ള ആൾക്കുപോലും സത്യം തെളിഞ്ഞുകിട്ടും അത്രകണ്ട് പൂർണ്ണ ഇന്ദ്രിയനിഗ്രഹമോ മനോനിഗ്രഹമോ സാധിക്കാത്ത ആൾക്കുപോലും നല്ല തീവ്രമായ സത്യജിജ്ഞാസയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കുപോലും അവനവന്റെ വ്യക്തിത്വത്തിന്റെ മൂലമെന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ അല്പമൊക്കെ സത്യം തെളിഞ്ഞു കിട്ടും വളരെ ജാഗ്രതയോടെയാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത് അല്പമൊക്കെ സത്യം തെളിഞ്ഞുകിട്ടും അല്പം തന്നെ വളരെയധികം ഗുണം ചെയ്യും അല്പം തന്നെ ഭഗവാൻ തന്നെ പറയുന്നു സ്വൽപമപ്യസ്യധർമ്മ ത്രായത്തേ മഹതോഭയാത് അല്പമെങ്കിലും കൂട്ടിച്ചേർത്താൽ പോലും വലിയ ഗുണം വരും പക്ഷേ പരിപൂർണമായ ഒരു അനുഭവം അതായത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ മരണം നമ്മളിൽ നിന്നും ഈ ശരീരത്തിനെ പിരിച്ചുകൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ സത്യം നല്ലവണ്ണം തെളിഞ്ഞ് ഇന്ദ്രിയങ്ങളും ഒരുവിധത്തിൽ നമുക്ക് വശപ്പെട്ട് കിട്ടിയെങ്കിൽ പിന്നീട് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് പറഞ്ഞ പോലെയാണ് അതാണ് ഭഗവാൻ ഇന്നലെ കൂർമോ അങ്കാനീവ സർവശമാർകാല പലരും പറയും ഞങ്ങൾക്ക് കാലം അനുകൂലമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്തിയിലോ ജ്ഞാനത്തിലോ യോഗത്തിലോ പ്രവർത്തിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പറഞ്ഞു ആളുകളില്ല വീട്ടിലുള്ളവരൊക്കെ ഇതിനെതിരാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല എന്ന അങ്ങനെയൊക്കെ പറയുമ്പോ അതൊക്കെ സഹായമാണ് നല്ല അനുകൂലമായ ഒരു സറൗണ്ടിങ്സ് അനുകൂലമായ ഒരു വീട് ഭാര്യ ഭർത്താവ് ഒക്കെ അനുകൂലമാണെങ്കിൽ നല്ലതാണ് പക്ഷെ അങ്ങനെയൊക്കെ അനുകൂലമായിരുന്നിട്ടും എത്രയോ പേര് അതിലേക്ക് വരുന്നില്ല പ്രതികൂലമായിരുന്നു എത്രയോ പേരതിലേക്ക് വരുന്നു അതിനൊരു ഉദാഹരണം ഭാഗവതത്തിൽ പ്രഹ്ലാദനേ ഉദാഹരണം വീട്ടിലല്ല നാട്ടിലെവിടെയും ഭഗവത് വിഷയമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഓർഡറിട്ട ഒരു അച്ഛനാണ് ആ അച്ഛന്റെ മകനായിട്ട് അവിടെ ജനിച്ച് ഭക്തി ചെയ്ത് കാണിക്കുകയാണ് അത് നമുക്കൊരു സന്ദേശമാണ് നല്ല ഒരു സറൌണ്ടിങ്സ് അന്വേഷിക്കരുത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അന്വേഷിച്ചാൽ കിട്ടില്ല എല്ലാം തികഞ്ഞ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടണം എന്ന് വെച്ചാൽ എവിടെ കിട്ടും ഒരിടത്തും എല്ലാം തികഞ്ഞ എല്ലാവിധത്തിലും അനുകൂലമായി എല്ലാവിധത്തിലും അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ യോഗം സാധ്യവുമല്ല പലപ്പോഴും യോഗം പ്രതികൂലമായ സിറ്റുവേഷൻസിലാണ് പ്രതികൂലമായ ഒരു പരിതസ്ഥിതിയിലാണ് യോഗം പലപ്പോഴും സാധ്യമാവുന്നത് മഹാത്മാക്കളായിട്ടുള്ള യോഗികളും ഭക്തന്മാരും ജ്ഞാനികളും ഒക്കെ പ്രതികൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ളവരാണ് അനുകൂലമാവുമ്പോൾ നമുക്ക് തളർച്ച ബലം പോരാ നമ്മളുടെ തപസ്സിന് ബലം വരില്ല ക്ഷമയുണ്ടാവില്ല പരിശ്രമവും ഉണ്ടാവില്ല പ്രതികൂലമായിട്ട് ഉള്ള പരിതസ്ഥിതിയിൽ ഇത് നേടാൻ ഒക്കും അപ്പൊ അനുകൂലം പ്രതികൂലം എന്ന് ബാഹ്യമായിട്ടുള്ള പരിതസ്ഥിതിയെ വെച്ചുകൊണ്ട് ചിന്തിക്കരുത് അതാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ഉപായാഹ ദേശകാലാദ്ധ്യാഹ ഇന്ന ദേശം ഇന്ന കാലം എന്നുള്ളതൊക്കെ ഇതിന് സഹകാരികളാണ് പക്ഷേ മുഖ്യമായിട്ടുള്ളത് എന്താ ഈ ജീവൻ അധികാരിയായിരിക്കണം അധികാരി എന്ന് വച്ചാൽ എന്താ അർത്ഥം അവന് അല്പം ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടു മനസ്സ് പക്വപ്പെട്ടു ഇതിനെല്ലാത്തിനും മൂലകാരണം എന്താ എനിക്ക് ഭഗവാനെ വേണം എന്ന് തോന്നണം അഥവാ ആത്മസാക്ഷാത്കാരം വേണം എന്ന് തോന്നണം ഇതിന് ശാസ്ത്രങ്ങൾ പറയുന്ന ഒരു ലക്ഷണം തലയ്ക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യും പ്രസംഗം കഴിഞ്ഞിട്ട് കെടുത്തിക്കൊള്ളാന്നിരിക്കോ വെള്ളം എവിടെ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കും അല്ലെ പ്രദീപ്തശിരഹാ ജലരാശിമിവ അതുപോലെ ഒരു ജീവന് മെച്യൂരിറ്റി ആകുമ്പോ പക്വതയാകുമ്പോ തന്റെ തന്നെ അജ്ഞാനം ലോകത്തില് കാണപ്പെടുന്ന അനിത്യത അനിത്യത്വം ലോകത്തിന്റെ അശാശ്വത സ്വഭാവം നമ്മള് വിശ്വസിച്ചിരിക്കുന്ന ആശ്രയിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഒക്കെ ചതിക്കുന്ന സ്വഭാവം കണ്ടിട്ട് ചതിക്കുന്നതെന്ന് വെച്ചാൽ വിട്ടുപോകുന്നത് നമ്മൾ പിടിക്കുന്നു അത് വിട്ടുപോകുന്നു ആ സ്വഭാവം കണ്ട് വിവേകം ഉദിച്ച് വിവേകത്തിന്റെ പരിണത ഫലമായിട്ട് തീ പിടിച്ച പോലെ ഒരു വിരക്തി തലയ്ക്ക് തീപിടിച്ച ആള് വെള്ളം അന്വേഷിക്കുന്ന പോലെ ചുറ്റും അജ്ഞാനത്തിന്റെ ആ ഒരു എഫക്റ്റേഷൻ കണ്ടിട്ട് സത്യത്തിനെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ അധികാരിയാണ് ഒരുപക്ഷെ അവൻ ഇന്ദ്രിയനിഗ്രഹമില്ലെങ്കിലും വേണ്ടില്ല മനോനിഗ്രഹമില്ലെങ്കിലും വേണ്ടില്ല അഭിചേത്ത് സുദുരാചാരോ ഭജതേമാ മനന്യഭാക് പരമദുരാചാരി ആണെങ്കിലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ കണ്ടെത്തും എന്നാണ് ഭഗവാൻ പറഞ്ഞത് സദാചാരിയാണെങ്കിലും എന്നെ വേണം എന്നവനില്ലെങ്കിൽ അവൻ സദാചാരിയായിട്ട് അവിടെ ഇരുന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ദുരാചാരിയാവും നേരെ മറിച്ച് മുമുക്ഷുത്വം ആർക്കും ഉണ്ടോ സത്യത്തിനെ അറിയണം പലരും പറയും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഞങ്ങൾ നല്ലത് ചെയ്യണം നല്ലത് ചിന്തിക്കണമിരിക്കണം പലപ്പോഴും ഇത് സ്വാർത്ഥതയിൽ നിന്ന് ഉറവെടുക്കുന്ന വാക്കാണ് നല്ലത് ചെയ്യുന്നവന്റെ ലക്ഷണം തന്നെ അവന് നല്ലതിന്റെ ഒക്കെ തന്നെ ഉറവിടം എന്താണ് ഭഗവാനാണ് ഭഗവാനോട് അടുക്കാനും ഭഗവത് തത്വം അറിയാനും ഉള്ള ജിജ്ഞാസ ഉണ്ടാവും ഭാഗവതം ആരംഭിക്കുമ്പോ സൂതമഹാമുനി അതാണ് പറയണത് ഈ ശൗനകാദി ഋഷികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി യാഗം ചെയ്യുന്നു പരമ്പര പരമ്പരയായി ചെയ്യുന്നുണ്ടാവുമായിരിക്കാം നമ്മൾ ചിലപ്പോൾ കുന്തരട്ടാതി ചോദ്യം ചോദിക്കും അതെങ്ങനെ ആയിരം വർഷമായിട്ട് ഒരാൾ യാഗം ചെയ്യുവോ ചോദിച്ചാൽ തൽക്കാലം നമ്മളുടെ യുക്തിക്ക് പറയണത് എന്താ പരമ്പര പരമ്പരയായിട്ട് യാഗയജ്ഞങ്ങൾ അനുഷ്ഠിക്കണമെന്നുണ്ടായിരിക്കാം അങ്ങനെ ധരിച്ചോളൂ അപ്പോ അവർക്ക് അവർ ഈ നന്മയും ഇതുമൊക്കെയായിട്ട് യാഗം യജ്ഞം എന്തിനാണ് യാഗം ചെയ്യുന്നത് സ്വർഗായ ലോകായ സഹസ്രസമമാസത്ത് സ്വർഗത്തിലേക്ക് പോകണം എന്നുവെച്ചാൽ അവര് അതിനുമേലെ ഒരു വസ്തുസ്ഥിതി ഉണ്ട് എന്ന് കേൾക്കാൻ അവർക്കൊരു അവസരം ലഭിച്ചില്ല എന്നർത്ഥം അപ്പൊ ആ യാഗശാലയിലേക്കാണ് സൂതൻ വരണത് നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗുണമുണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഭഗവാൻ അവർക്ക് നല്ലതിനെയും കടന്നു അവസരം കൊടുക്കും ഈ ചീത്ത ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പലപ്പോഴും ആ അവസരം വളരെ വിരളമായിരിക്കും അതാണ് ദോഷം ഇവർ ഈ യാഗയജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാഗ യജ്ഞശാലയിലേക്ക് സൂത്തൻ വന്നു അപ്പോഴാണോ സൂത്തനോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ധാരാളം സമയമുണ്ട് യാഗത്തിന്റെ ഇടയ്ക്ക് അതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് കഥ പറയൂ അപ്പോഴാണ് സൂതൻ പറയണത് നിങ്ങൾ എന്തിനുവേണ്ടി ജീവിക്കണോ ജീവിതത്തിന്റെ അർത്ഥമെന്താ ജീവിതത്തിന്റെ അർത്ഥമെന്താ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവര് ജനറലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സുഖമായി ജീവിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് മോക്ഷം അതെന്താണോ ഒരു നിശ്ചയമൊന്നുമില്ല അപ്പോഴാണ് സൂതമഹാമുനി അവരോട് പറയണത് ധർമ്മം അർത്ഥം കാമം എന്നുള്ള ഈ മൂന്നും അജ്ഞാനത്തിന്റെ സന്തതികളാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ധർമ്മം അജ്ഞാനം എന്ന് പറയല്ല ധർമ്മത്തിനെ അജ്ഞാനമായി വിശേഷിപ്പിക്കലല്ല മറിച്ച് ധർമ്മവും ലോകവ്യവഹാരത്തിലാണ് അർത്ഥകാമങ്ങളെ എങ്ങനെ പുരുഷാർത്ഥം എന്ന് പറയാൻ പറ്റും കാമം എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ ഇൻഹെറന്റായിട്ട് നിസർഗമായിട്ട് ഉള്ള ഒരു വാസന അത് മൃഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എല്ലാ മൃഗങ്ങളുടെ അംശവും ഒരു മനുഷ്യനിലുണ്ട് ഇന്ന് ശാസ്ത്രവും പറയുന്നുണ്ട് അത്രയത് ആരോ പറഞ്ഞു എല്ലാ അനിമൽസിന്റെയും അംശം മനുഷ്യനിലുണ്ട് മനുഷ്യന്റെ അംശം മൃഗങ്ങളിലൊന്നും കാണാനില്ല എന്നാണ് അതെന്തോ പരീക്ഷണം ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇത് തന്നെയാണ് നമ്മളുടെ ശാസ്ത്രങ്ങളും വേറെ വിധത്തിൽ പറയണത് അതിന്റെ എവല്യൂഷന്റെ അവസാനം അപ്പൊ അതിന്റെ അംശങ്ങൾ തന്നെയാണ് നമ്മളിൽ കാമമായിട്ടും കോപമായിട്ടും ദ്വേഷമായിട്ടും ഒക്കെ ഇതൊക്കെ കഴുകിക്കളയണം കഴുകിക്കളയണം അപ്പോ കാമം നമ്മൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് കാമം നമ്മളെ വിട്ടു പോവാൻ പോണില്ല കാമത്തിന് അനുസരിച്ച് സുഖം അനുഭവിക്കാതിരിക്കണം എന്നാരെങ്കിലും ഒക്കെ വിധിച്ചതുകൊണ്ട് ആരും അതൊന്നും ഉപേക്ഷിക്കാൻ പോണില്ല ലോകത്തില് എന്താന്ന് വെച്ചാൽ അത് അർജാണ് ഉള്ളെന്ന് ഡ്രൈവ് ഭഗവാൻ തന്നെ പറയണത് വേഗം എന്നാണ് ഉള്ളെന്ന് തള്ളിവിടുന്നു പല ആഗ്രഹങ്ങളും സാധിക്കാനായിട്ട് അപ്പോ ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ച ഒരു മോഡറേറ്റായിട്ടുള്ള ഒരു വഴിയാണ് ഇതിന് കാമം അനുഭവിക്കൂ എന്ന് ഒരു ഋഷിയും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഏതെങ്കിലും വേദത്തില് വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാധിക്കണം എന്ന് വേദത്തിൽ ആരും വിധിക്കേണ്ട എല്ലാരും അതാണ് ചെയ്യണത് അതിനുവേണ്ടി നിങ്ങൾ ധനം സമ്പാദിക്കണമെന്നും ആരും പറയേണ്ട ആവശ്യമില്ല അതും എല്ലാരും പക്ഷേ അപ്പൊ ഈ അർത്ഥം കാമം എന്ന് പറഞ്ഞ പുരുഷാർത്ഥം എന്താണ് എന്ന് വെച്ചാൽ ധർമ്മത്തിനെ ആശ്രയിച്ചും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഒരു നിയന്ത്രിത രീതിയിൽ രാഗദ്വേഷം കൂടാതെ അവനവന്റെ ധാർമ്മികമായ ആഗ്രഹങ്ങളെ സഫലമാക്കാനായിക്കൊണ്ടുള്ള സമ്പത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു ജീവിത പദ്ധതി ഇതൊക്കെ ലൌകികമാണ് ഇതൊന്നും പാരമാർത്ഥികമല്ല ഇങ്ങനെ ജീവിച്ചാൽ പരസ്പരം സമാധാനത്തോടുകൂടെ ഇരിക്കാം അതാണ് ഋഷികൾ കണ്ടെത്തിയ ഒരു വഴി പരസ്പരം സമാധാനത്തോട് പക്ഷേ ഈ എന്ത് ധരിച്ചിരുന്നു ഇതുതന്നെയാണ് പരമാർത്ഥം അപ്പയാണസൂതപരിണത് ധർമ്മ്യപവർഗ്യർോ അർയോപകത്തെ നശിധകാമോ ലാഭായ കാമസീതിലാഭോ ജീവേതയാവത ജീവസാസർ യേഹ കർമ്മ വദത്തിജാനം അദ്വയം ീ പരമാത്മേ തി ഭഗവാൻ ഇതീ ശബ്ദത്തെ പടിപ്പടി പടിപ്പടിയായി പറയാം രണ്ടാമത്തെ അധ്യായം ഭാഗവതം തുടങ്ങി വായി തുറന്നപ്പോ പറയണ കാര്യമാ അതൊക്കെ ധർമ്മം എന്തിനുള്ളതാണെന്ന് വെച്ചാൽ കാമത്തിനെ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്നും നീക്കി അർത്ഥത്തിനോടുള്ള ആസക്തിയും അല്പ അല്പമായി അകമേ നിന്നും കുറച്ച് ഇത് രണ്ടും കുറഞ്ഞാൽ എന്താവും ഒരു വിളക്കുണ്ട് അതിനെ ഒരു ഗ്ലാസ് കേസ് കൊണ്ട് അടച്ചിരിക്കുന്നു ആ ഗ്ലാസ് കേസ് മുഴുവൻ ചളി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ചളി തുടയ്ക്കുംതോറും എന്താവും ഉള്ളിലുള്ള ദീപം തെളിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ ദീപത്തിനെ പുതിയതായി ദീപം എരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് ദീപം തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ പുറമേക്ക് കാണാൻ വയ്യ കാരണം എന്താ ഈ ഗ്ലാസ് കേസ് അതിന് പുറകിലുള്ള ഈ ഗ്ലാസ് അത് മുഴുവൻ പൊടി കാരണം മറച്ചിരിക്കുന്നു ധർമ്മം ചെയ്യുന്നത് അതാണ് ധർമ്മം ഒരു വരമ്പ് അതിർവരമ്പ് ഇട്ട് തന്ന് നമ്മളുടെ ഉള്ളിലുള്ള വാസനയെ ആഗ്രഹങ്ങളെ പതുക്കെ പുറത്തു കളയണം ആ പുറത്തു കളയുന്ന പ്രോസസ്സിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന്റെ വാസന കൂടുതലാക്കിക്കൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും അത് അനുഭവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും അതിനൊരു ഒരു തടസ്സം വെച്ചുകൊണ്ട് ഒരു വരമ്പിട്ട് തന്ന ധർമ്മം അർത്ഥസമ്പാദനത്തിന് ഒക്കെ ഒരു വരം വിട്ടു തരുമ്പോൾ പതുക്കെ ഉള്ളിലുള്ളത് അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ അല്പ അല്പമായി തത്വജിജ്ഞാസ ഉദിക്കുമെന്നാണ് എന്നുവെച്ചാൽ തത്വജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താ ഈ ജഗത്തിന് പരമകാരണം എന്താണ് തനിയെ ആ ചോദ്യം ഉദിക്കണം അതായത് ആരും പറഞ്ഞു തരേണ്ട ഒരു ചിത്തം ശുദ്ധമാകുമ്പോ ശുദ്ധമാവുന്ന ചിത്തത്തിൽ നമ്മളറിയാതെ നമ്മൾ ചോദിക്കും എന്താണ് ജനനം എന്താണ് മരണം മരണം എന്ന് വെച്ചാൽ എന്താ ജനനം എന്ന് വെച്ചാൽ എന്താ എന്തിന് ജീവിക്കണു ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും അധികം പേരുടെ ഉള്ളിലും എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഈ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ അങ്ങോട്ട് മറച്ചുകളയാണ് തള്ളിക്കളയാണ് ചിത്രം ശുദ്ധമാവുന്നതിന്റെ ലക്ഷണം തന്നെ ഭാഗവതം പറയുന്നു തത്വജിജ്ഞാസ ഉദിക്കും എന്നാണ് തത്വജിജ്ഞാസ ഉദിക്കുന്നവരെ ആചാര്യന്മാരൊക്കെ കാത്തുകൊണ്ടിരിക്കും അതാണ് ഭഗവാൻ ഇത്രകാലം അർജുനന് ഉപദേശിച്ചില്ല എത്ര കാലമായി അർജുനൻ കൃഷ്ണന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും ഷാതിമാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ പറഞ്ഞില്ല സ്ഥിതപ്രജ്ഞ കാ ഭാഷ എന്ന് ചോദിച്ചില്ല വേറെ പലതും ഒക്കെ ചോദിച്ചിട്ടുണ്ട് സ കാ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ കാഷായം കൊടുത്തുപോയി അർജുനൻ കാഷായം ഉടുക്കണത് കൊണ്ട് ഒരാൾക്ക് ഞാനോ ഉണ്ടാവുമെങ്കിൽ എന്നോ അർജുനൻ ഉണ്ടാവേണ്ടതാണ് ഒരിക്കൽ മഹാഭാരതത്തിൽ കാഷായം കെട്ടി സന്യാസി വേഷം കെട്ടി മധുര ദ്വാരകയിലേക്ക് പോയി അവിടെ പോയപ്പോ ഇവിടെ സ്ഥിരപ്രജ്ഞ കാ ഭാഷ എന്ന് ചോദിച്ചാല് അവിടെ പൂന്തോട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് കൃഷ്ണനോട് ഏ ഷാ കാ എന്ന് ചോദിച്ചു അവിടെ കാ വേറെയാണ് ഈ പെൺകുട്ടി ആരാ അപ്പൊ ഭഗവാന്റെ സ്വഭാവം എന്താ ഭഗവാൻ ഒരു കാര്യമേ അറിയുള്ളൂ ശരി എന്ന് പറയാം തിരുവണ്ണാമലയിലൊരു യോഗിയുണ്ടായിരുന്നു രാംസൂരത് കുമാർ അദ്ദേഹത്തിനോട് ഒരിക്കലും ചോദിച്ചു മഹർഷിയുടെ അടുത്തുനിന്ന് നിങ്ങൾ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തമിഴിലെ ഒരു വാക്ക് അദ്ദേഹം നോർത്ത് ഇന്ത്യൻ ആണ് യുപിക്കാരനാണ് തമിഴിലെ ഒരു വാക്ക് ഞാൻ രമണ മഹർഷിയുടെ അടുത്തു നിന്നാണോ പഠിച്ചത് അത് ഒരു ദിവസത്തിൽ പലവട്ടം മഹർഷി ഉപയോഗിക്കും ആ വാക്ക് എന്ത് വാക്ക് എന്ന് വെച്ചാൽ ശരി ഇന്ന് ശരി എന്ന് വെച്ചാൽ റൈറ്റ് റോങ് എന്നുള്ള അർത്ഥത്തിലല്ല അക്സെപ്റ്റഡ് ആശ്രമത്തിൽ പലതും പലരും പലതും വന്നു പറയേ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മളിന്ന് വിട്ടുപോകും അതൊരു വഴിയാണ് പല കാര്യങ്ങളും ആളുകൾ നമ്മളോട് വന്ന് പറയുമ്പോൾ ഒരാളും അവരെ തിരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല പറയണത് അവർ പറയണത് നമ്മൾ ശരി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് പോവും നമ്മൾ അല്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അതുകൊണ്ട് പല കാര്യങ്ങളും ശരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുനിന്ന് വിട്ടുപോകും ഭഗവാനും അറിയണ ഒരു വഴി അതാണ് ഈശ്വരൻ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കണതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ശരി അക്സെപ്റ്റഡ് എന്ത് ചെയ്യാൻ പോകുന്നു അതിന് പുറകിൽ ശക്തി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ദീപമാണ് ഈശ്വരൻ എന്ത് ചെയ്യണോ തെറ്റ് ചെയ്യണോ ശരി ശരി ചെയ്യുന്നോ ശരി എല്ലാത്തിനും ശരി എന്ന് രണ്ടേ രണ്ട് വാക്ക് നമുക്ക് കുടുംബത്തിലും ഈ ഒരു വാക്ക് പഠിച്ചു വച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കപ്പെടും കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ നടക്കും സപ്തമസ്കന്ധത്തിൽ ആരതിന് പറയുന്നു ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിൽ തല്ലുകൂടും വലിയ കുടുംബമാണെങ്കിൽ തല്ലുകൂടാന്ന് വെച്ചാൽ എന്തെങ്കിലും അഭിപ്രായ എന്നിട്ട് മൂന്നാമത് മനുഷ്യനോട് വന്ന് പറയും ചിലപ്പോൾ നമ്മളായിരിക്കും ആ മൂന്നാമത് മനുഷ്യർ നമ്മുടെ അടുത്ത് വന്ന് ആരെ കുറ്റം പറയുമ്പോൾ നമ്മളുടെ സാധാരണ സമ്പ്രദായം എന്താ ഒന്നിൽ നമ്മളും ചേർന്ന് കുറ്റം പറയും അല്ലെങ്കിൽ പറയാൻ രണ്ടായാലും കുഴപ്പമാണ് നമ്മളും ചേർന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞതും ചേർത്തി വരുന്ന അടുത്ത് പോയി പറയും അപ്പൊ നമ്മളും അതിനുള്ള ഒരു ഭാഗമാകും അപ്പോ നാരദൻ പറയണത് ഇതൊന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴി എന്താരും പറഞ്ഞാൽ തല വെറുതെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കണോ അത്ര താ അനുമോദേതെന്ന് അനുമോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഈ ഒരു പഴയ ഒരു ചെട്ടിയാരുടെ ബൊമ്മ ഉണ്ടല്ലോ ഒരു കളിപ്പാവ ഒരു പാവ മണ്ണുകൊണ്ടുള്ളൊരു രൂപം അതിങ്ങനെ തല അതൊന്ന് വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി അതിങ്ങനെ തല ആടുമ്പോഴൊക്കെ ഓർത്തോളം ശരി എന്ന് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞുകിട്ടും ശരി അപ്പൊ അർജുനൻ ദ്വാരകയിൽ വെച്ച് സുഭദ്രയെ കണ്ടപ്പോ ചോദിച്ചപ്പോ ഭഗവാൻ എന്ത് പറഞ്ഞു വേണോ കൂട്ടിക്കൊണ്ടു പോയിക്കോളോ എന്റെ സഹോദരി തന്നെയാ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ശരി എന്ത് ആഗ്രഹിക്കുന്നു ഈ ജീവന്റെ ഈശ്വരൻ ആരാ നമ്മളുടെ അന്തരാത്മാവാണ് ഉള്ളിൽ സാക്ഷിയാണ് നമ്മൾ പുറമേക്ക് നിങ്ങൾ എനിക്ക് ബ്രഹ്മം എന്താ ആത്മാ എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ഉള്ളിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചിരുന്നാലും ഭഗവാൻ ഉള്ളിലുള്ളതിനെ ആൻസർ പറയുള്ളൂ അപ്പൊ അകമേക്ക് ഉള്ളതിനെ ഭഗവാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അർജുനൻ ഇത്രകാലം ചോദിച്ചില്ലല്ലോ ചിത്തം ശുദ്ധമാകുമ്പോ ജനുവിനായിട്ട് സിൻസിയറായിട്ട് ഹൃദയത്തിൽ നിന്നും ഈ ചോദ്യം ഉദിക്കും എന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെയാണ് ദുഃഖം എങ്ങനെ ഒഴിഞ്ഞുകിട്ടും ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ് സയൻസ് ചോദിക്കുന്ന ചോദ്യമൊക്കെ വലിയ വലിയ കാര്യമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നു ആ ചോദ്യം കൊണ്ട് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായ ഒരു എന്തിനു ചുവട്ടിൽ വീണു ഭൂമി ഉരുണ്ടതോ പരന്നതോ വാസ്തവത്തിൽ ഇത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ബാധിക്കാൻ പോടുന്നുണ്ടോ ബാധിക്കാൻ പോകണ്ടോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം എന്താ എന്റെ മനസ്സ് എന്തുകൊണ്ട് ചഞ്ചലമായിരിക്കുന്നു ഏറ്റവും ബാധിക്കണ പ്രശ്നമാണ് അതാരും ഏതെങ്കിലും ഒരു സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എനിക്ക് സമാധാനം എങ്ങനെ കിട്ടും സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ആപ്പിള് തലയിൽ വീണത് എന്തുകൊണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ വരും നാളികേരമാണോ വീണതെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ടി വരില്ലായിരുന്നു ഈ ചോദ്യം തെറ്റല്ല ജിജ്ഞാസ തെറ്റല്ല പക്ഷേ വളരെ അടുത്ത പ്രശ്നങ്ങളെ വിട്ട് ദൂരത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണമല്ലോ എന്തുകൊണ്ടെന്നാണ് സ്വാമി രാമദാസ് ഉള്ളപ്പോ കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ രണ്ട് ഭക്തന്മാരും ഈ ഭക്തന്മാർ സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നാട്ടുവർത്തമാനം പറയും അവര് രണ്ടുപേരും കൂടെ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ പാർട്ടി നല്ലതോ ഈ പാർട്ടി നല്ലതോ രണ്ടുപേരും മൂത്ത ചർച്ച ആ ചർച്ച നടക്കുമ്പോ സ്വാമികൾ അവിടെ വന്നു ഈ കേട്ടുകൊണ്ടേ നിന്നു കുറെ നേരം തിരിതകൃതിയായ ചർച്ചയാണ് ആ നേതാവാണ് ശരി നേതാവ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറയുണ്ട് അപ്പൊ സ്വാമി കണ്ടോ ഇവർക്ക് ഒരുപോലെ ജാള്യതയായി എന്നാലും സ്വാമിയോടും ചോദിച്ചു വരും വരാൻ പോണു ഇതിലെ ആരാണ് അങ്ങയുടെ അനുകൂലം വലിയ ഗുരുഭക്തന്മാരെ പോലെ ഗുരു പറയണത് അതിനെ വോട്ടിടാനാണ് ഇവരിപ്പൊ തയ്യാറ് അപ്പോ രാമദാസ്വാമി ചോദിച്ചത്രേ നിങ്ങളിപ്പോ രണ്ടു പാർട്ടി പറഞ്ഞുവല്ലോ ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളെ ഈശ്വരന്റെ അടുത്തേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാനും അനുകൂലിക്കാം ഏത് പാർട്ടി നിങ്ങളെ സത്യത്തോട് അടുപ്പിക്കും ഏത് പാർട്ടി നിങ്ങളുടെ ജീവിതത്തില് ശാന്തി തരും അപ്പൊ ഇവര് ഒരു ബുദ്ധി ബുദ്ധിയോടുകൂടെ വാദിച്ചു നോക്കി സ്വാമിയോട് പറഞ്ഞു എന്നാലും നമ്മളെ ഭരിക്കുന്നവരല്ലേ നമ്മളെ ബാധിക്കുന്നതല്ലേ അപ്പൊ സ്വാമി പറഞ്ഞു ഒന്നേ നിങ്ങളെ ബാധിക്കുന്നുള്ളൂ നിങ്ങളുടെ അജ്ഞാനം നിങ്ങളുടെ മനസ്സ് പുറമേക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല ഒരാള് കാട്ടിലൂടെ നടക്കണമെന്ന് വിചാരിച്ചു വലിയ പണക്കാരൻ ഉടനെ അയാള് ഓർഡർ കൊടുത്തു അത്ര ഒരു തോൽ കമ്പനിക്ക് കാട് മുഴുവൻ വിരിക്കാനുള്ള തോൽപ്പായം ഉണ്ടാക്കുകയാണ് നടക്കാൻ മുള്ളു കാലിലൊക്കെ എങ്ങനെ നടക്കും കാട്ടില് കാട്ടിലൊക്കെ മുള്ളുണ്ട് അതുകൊണ്ട് കാട് മുഴുവൻ തോൽപ്പായ വിരിച്ചാൽ ഞാൻ നടക്കാം അപ്പൊ അടുത്തുള്ള ഒരാൾ പറഞ്ഞു പറയാമെങ്കിൽ അവിടുത്തെ മഠേതരത്തിനൊരു പരിഹാരം പറഞ്ഞുതരാം കാലില് തോലുകൊണ്ടൊരു ചെരുപ്പിട്ടാൽ മതി ഉപാന ഗൂഢപാത്യ നനുചർമാവൃതൈവഭൂഹൂന്ന് കാലിൽ ചെരുപ്പിട്ടാൽ ഭൂമി മുഴുവൻ തോൽ വിരിച്ചതിന്റെ ഫലമായി തന്റെ അകമയുള്ള അജ്ഞാനത്തിനെ നീക്കി അകമയ്ക്ക് ശാന്തി അകമയ്ക്ക് നിറവ് ഏർപ്പെട്ടാൽ പൂർണ്ണത ഏർപ്പെട്ടാൽ ആ ശാന്തി തന്നെ ലോകത്തിൽ മുഴുവൻ ശാന്തിയായിട്ട് നമുക്ക് തോന്നും സമാധാനമായിട്ട് നമുക്ക് തോന്നും അപ്പൊ അടുത്ത പ്രശ്നത്തിന് വേണം ആദ്യം പരിഹരിക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രശ്നം എന്താ നമ്മളുടെ അകമയുള്ള പ്രശ്നം അസാരേ സംസാരം നിജഭജന ദൂരെ ജടധിയ ഭ്രമന്ത അന്ധം പരമ കൃപയാ പാത്ത ഉചിത മദന്യക്കോ ദീന തവ കണരക്ഷാതി നിപുണ ന്യോ മേ ത്രിജഗതി ശര പശുപത്തെ പ്രഭുസ്വം ദീന പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തോമിക്ക് കിമു ബന്ധു ത്വ അനയോ പരമശിവനെ സദ്ഗുരുവായി കരുതിക്കൊണ്ട് ശ്രീശങ്കരഭവത്പാദർ ശിവാനന്ദലഹരിയിൽ ഒരു ഗുരുവായിട്ട് കരുതിക്കൊണ്ട് പറയാണ് അങ്ങയ്ക്കും എനിക്കും ഒരു റിലേഷൻഷിപ്പുണ്ട് ഒരു ബന്ധുത്വം എന്താ ബന്ധം ശംഭോ ലോകഗുരോ മതീയ മനസ്സ സൗഖ്യോപദേശം കുരു അവിടുന്ന് ഗുരുവാണ് എന്റെ ചിത്തം എന്തറിഞ്ഞാലാണോ പൂർണ്ണമായൊരു സൗഖ്യത്തെ പ്രാപിക്കുക എറണാകുളത്തപ്പന്റെ മുമ്പിൽ പോയി ദിവസം അത് വേണം പ്രാർത്ഥിക്കാൻ പൂർണ്ണമായൊരു സൗഖ്യം എന്തറിഞ്ഞാൽ എനിക്ക് ഏർപ്പെടുമോ ശാന്തി ഏർപ്പെടുമോ അങ്ങനെ എനിക്ക് ഉപദേശം ചെയ്യൂ ഞാൻ ഇവിടെ ഒരു സാരവും ഇല്ലാത്ത സംസാരത്തിൽ അസാരേ സംസാരേ ഇതിന് ആര് സംസാരം എന്ന് പേര് വെച്ചു എന്ന് അറിഞ്ഞില്ല എന്നാണ് അതിലൊരു സംസാരമെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടില്ല അതൊന്നുമില്ല അതിൽ കഴമ്പില്ല എന്നാണ് അജകളസ്ഥനം എന്ന് പറയും ആചാര്യസ്വാമികൾ ഈ ലോകത്തിൽ കാണുന്ന ജീവിതത്തിന് ഉപമിക്കുന്നത് അജകള സ്തനം അത്ര അതായത് ആട്ടിന്റെ കഴുത്തില് ഒരു അകിടുണ്ടാവും ചില ചില ആടുകൾക്ക് അത് ഈ ആട്ടുകുട്ടി അത് അകിടാണെന്ന് വിചാരിച്ച് പോയി അതിൽ പോയി ഇടിച്ചാൽ പാല് കിട്ടുക അതുപോലെയാണ് ഈ പുറം ലോകത്ത് വേണ്ടി തൃപ്തിക്ക് വേണ്ടിയുള്ള അലച്ചൽ അതാണ് ഇവിടെ ഉപമിച്ചുകൊണ്ട് പറയുന്നത് അസാരേ സംസാര ഒരു സാരവുമില്ല പുറമേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കും തോറും മനസ്സ് ജടത്തിന്റെ പിടിയിൽ അകപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു തൃപ്തി നഷ്ടപ്പെട്ടു പോകുന്നു അശാന്തി ഉണ്ടാവുന്നു നിജഭജനദൂരേ നിജഭജനത്തിൽ നിന്നും ഞാൻ ദൂരെ ദൂരെ ദൂരെ പോന്നു നിജഭജനം എന്ന് വെച്ചാൽ ആത്മഭജനം ആത്മധ്യാനം ആത്മവിചാരം എന്നർത്ഥം ശിവധ്യാനം എന്നും എടുത്തോളാം നിജഭജന ജഡധിയാഭ്രമന്തം ബുദ്ധി പുറമേ വിഷയങ്ങളെ ചിന്തിക്കും തോറും ജഡപദാർത്ഥങ്ങളെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജഡമായിക്കൊണ്ടേയിരിക്കും ബുദ്ധി ജടപദാർത്ഥങ്ങളുടെ മുമ്പിൽ അനങ്ങാതെ ഇരുന്നാൽ വളരെ സൂക്ഷിക്കണം നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരിക്കണം കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അധികം പേരും കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല പലരും അല്ല പ്രകൃതിയുടെ എന്തെങ്കിലും കളിയാണോ എന്നറിയില്ല പത്തും പതിനാറും മണിക്കൂറ് പാവം അതിന്റെ മുമ്പിലിരിക്കുന്നവരാണ് അത് ജഡപദാർത്ഥമാണ് ഒരു ജഡപദാർത്ഥവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംഘമുണ്ടായാൽ നമ്മളുടെ ബുദ്ധി ജഡമാകും മനസ്സ് ജഡവാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ നിവൃത്തിയില്ലാതെ അതിൽ പെട്ടവര് ഓരോ ദിവസവും അതിന്ന് വിട്ടു വന്ന ഉടനെ ചൈതന്യ സമ്പർക്കം എവിടെയെങ്കിലും ഏർപ്പെടണം ഒന്നിൽ ദിവ്യക്ഷേത്രം ദിവ്യക്ഷേത്രങ്ങളില്ലെങ്കിലും വേണ്ടില്ല ഒരു യുക്തിവാദിയെ പോലെ ഉള്ള ഒരാൾക്ക് അയാൾക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും അഭിനവവിദ്യാതീർത്ഥസ്വാമിയോട് ഒരാൾ ചോദിച്ചു എനിക്ക് ധ്യാനം ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഈശ്വരനെ ഒന്നും വിശ്വാസമില്ല ഞാൻ എന്ത് ചെയ്യും അപ്പൊ അഭിനയവിദ്യാതീര സ്വാമി പറഞ്ഞു കൊടുത്തു കടൽ അടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു സമുദ്രതീരത്തിൽ പോയി ഇരിക്കുക എന്നിട്ടോ സമുദ്രത്തിനെ നോക്കൂ എന്നിട്ടോ വീണ്ടും നോക്കൂ ദിവസം നോക്കിക്കൊണ്ടേയിരിക്കുന്നു അത് മതിയങ്ങ് ധ്യാനത്തിന് ദിവസം അവിടെ ചെന്നിരുന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ ആകാശത്തിന് നോക്കൂ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ചൈതന്യ സമ്പർക്കം ചൈതന്യ സമ്പർക്കം വേണം പ്രകൃ പ്രകൃതിയിൽ അധികം പഞ്ചഭൂതങ്ങൾ ശുദ്ധരൂപത്തിൽ എവിടെ കിട്ടുന്നു അവിടെയൊക്കെ ഭഗവാന്റെ വിഭൂതിയാണത് അതറിഞ്ഞുകൊണ്ടാണ് അമ്പലത്തിലുള്ള മൂർത്തിയേക്കാളും പ്രബലമാണ് ഈ വിഭൂതികളൊക്കെ പക്ഷേ നമ്മൾക്ക് ഏതെങ്കിലും മൂർത്തി വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ മൂർത്തിയെ പിടിക്കണോ അത്രേ ഉള്ളൂ ഭഗവാൻ ഗീതയില് വിഭൂതി യോഗം പറയുമ്പോൾ മൂർത്തികളെ ഒന്നും പറഞ്ഞില്ല പക്ഷേ സരസാമസ്മി സാഗര ജലശേഖരങ്ങളിൽ ഞാൻ സാഗരമാണ് പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാണ് ഇങ്ങനെ ഓരോന്നിനെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് വൃക്ഷങ്ങളിൽ ആലുവൃക്ഷമാണ് ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളെയും എടുത്തു വസ്തുക്കളെയും എടുത്തു പറഞ്ഞ് മഹാവിഭൂതികളാണതൊക്കെ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഉപദേശം കൊടുത്തതാണ് ചൈതന്യസമ്പർക്കം ചെന്നിരിക്ക ജഡപദാർത്ഥങ്ങളെ ചിന്തിച്ചു ബുദ്ധി ജഡമായിട്ട് പോകും അപ്പൊ ആ ഒരു ജഡത്തിന്റെ പിടിയിൽ നിന്നും മനസ്സിനൊരു ശാന്തി അശാന്തമാവും കാരണമേ അറിയാതെ അശാന്തി വരും ഒരു കാരണവുമില്ലാത്തൊരു അശാന്തി പിടിപെടും ഒരുപാട് ജഡപദാർത്ഥങ്ങളുടെ സംഘത്തിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവും ഉണ്ടാവില്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും ഒരു കാരണവില്ലാതെ നമ്മൾ ദേഷ്യപ്പെടും ഒരു കാരണവുമില്ലാതെ അകമയ്ക്ക് ഒരു ശൂന്യത അനുഭവപ്പെടും ഇതിന് കഷായസ്ഥിതി എന്നാണ് യോഗികൾ പറയുന്നത് വിക്ഷിപ്തം നിരോധം കഷായം ഈ സ്ഥിതികളൊക്കെ മനസ്സിന് വരും വിക്ഷിപ്തം എന്ന് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കാം കാരണം ചിത്രവൃത്തികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അതാണ് വിക്ഷിപ്തം അത് സാധാരണ മനസ്സിന്റെ സ്ഥിതി അതില്ലെങ്കിലോ ലയം ചിത്തവൃത്തികളില്ലെങ്കിൽ ഉറക്കം ചിത്തവൃത്തികൾ പിടിച്ചു നിർത്തിയാൽ ഉറങ്ങിപ്പോവുക ലയം ഇത് രണ്ടുമല്ലാത്തൊരു സ്ഥിതി ഉണ്ട് ഉറങ്ങൂല വലുതായിട്ട് ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല പക്ഷെ കാരണമില്ലാത്ത ഒരു ഇന്നർ ഫ്രസ്ട്രേഷൻ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും എന്തൊക്കെയോ പേരുകൾ കൊടുക്കും ഇതിനാണ് യോഗികൾ കഷായസ്ഥിതി എന്ന് പറയുന്നത് ഇത് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ സത്സംഗത്തിന്റെ അഭാവം സത്സംഗം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രഭാഷണമല്ല പറയണത് ഇങ്ങനെ പ്രഭാഷണം വേണമെന്നില്ല പ്രഭാഷണമാണെങ്കിലും ശരിക്കും സത്സംഗമാണെങ്കിൽ പ്രയോജനപ്പെടും എന്നുവെച്ചാൽ അത് നമുക്ക് അനുഭവപരമായിട്ട് തീരുകയാണെങ്കിൽ സത്സംഗമായി അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ കാട് മലയും ആകാശവും ശുദ്ധജലശേഖരങ്ങളും ദിവ്യതീർത്ഥ ക്ഷേത്രങ്ങളും ഋഷിപ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളും ഒക്കെ സംഘം മതി നമുക്ക് അത്തരത്തിലുള്ള സംഘമുണ്ടെങ്കിൽ തന്നെ മനസ്സിന് അല്പ അല്പം നഷ്ടപ്പെട്ടു പോയ ഈ ജഡസസമ്പർക്കം കൊണ്ട് ഏർപ്പെട്ട ഈ ശൂന്യത നിവൃത്തിയായി കിട്ടും അല്ലാതെ നമ്മൾ ആ സമയത്ത് ഡയറക്റ്റായിട്ട് മെഡിറ്റേഷനൊന്നും പോയാലൊന്നും സാധ്യമാവില്ല ധ്യാനത്തിനൊന്നും പോയാലൊന്നും സാധ്യമാവും അതാണിവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ജഡധികാഭ്രമന്തം മാം അന്ധം ഭഗവാനെ ഞാൻ അന്ധനായിരിക്കുന്നു അന്ധൻ എന്ന് വെച്ചാൽ പുറമേക്ക് കണ്ണുണ്ട് പക്ഷെ കാര്യമില്ല അഹുമയ്ക്കുള്ള കണ്ണില്ല എന്നാണ് മാം അന്ധം പരമകൃപയാതും ഉചിതും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു തന്നെ രക്ഷിക്കാനിപ്പോ എന്ത് വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ത് യോഗ്യത പറയുന്നു ഗവൺമെന്റ് സ്കൂള് പഴയ സർക്കാർ സ്കൂളില് ഒരു നിയമമുണ്ട് പിള്ളാരെ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൊന്നുമില്ല എന്നാൽ എല്ലാരെയും തോൽപ്പിക്കാൻ പറ്റുമോ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിയമം അപ്പൊ ഉള്ളതിൽ ചെറിയ പൂജ്യം വാങ്ങിയ ആളെ പാസാക്കി വിടാമെന്നും അങ്ങനെ അതുപോലെ ഇവിടെ ആചാര്യസ്വാമി പറയുകയാണ് എന്റെ യോഗ്യത അനുസരിച്ചാണ് അവിടുന്ന് എന്നെ രക്ഷിക്കണതെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല എന്റെ യോഗ്യത അനുസരിച്ച് എന്ന് അങ്ങ് നോക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല രമണ മഹർഷി പ്രാർത്ഥിക്കുന്നു ജീവൻമുക്തനായ മഹർഷി അരുണാചല പതികത്തിൽ ഒരു പാട്ടിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ പാത പത്മത്തിൽ പിടിച്ച് ഇരുത്തി ഞാൻ ഇപ്പൊ താമര എലയുടെ ചുവട്ടിൽ ഇരിക്കുന്ന തവള പോലെ തണ്ടലർ മണ്ടുഗം ആനേൻ ചിപ്പതൽ തേന് ഉന്മലർ അളിയായ് ചെയ്തിടിൽ ഉയതി ഉണ്ട് ഉന്ത നടപോതിൽ നാൻ ഉയർവിട്ടാൽ നട്ട തൂണാകുമുൻ പഴിയേ വെപ്പുരു അരുണവിക ഒളിയേ വിണ്ണിലും നുൺ അരുൾവെളിയേ ഭഗവാനോട് പറയാനോ ഭഗവാനേ ഞാനിങ്ങനെ താമരയില് തേൻകുടിക്കെന്ന് വണ്ടായിരിക്കുന്നതിനു പകരം താമരയുടെ ചുവട്ടിൽ തവളയായിട്ട് ഇരുന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ അജ്ഞാനദശയിൽ ഇരുന്നും കൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നാട്ടുകാരൊക്കെ അങ്ങയെക്കുറിച്ച് പഴി പറഞ്ഞ് അരുണാചലം ഭഗവാൻ എന്ന് പറഞ്ഞ് വിട്ടുപോയ ഒരാള് ഒന്നിനും കൊള്ളാതായിപ്പോയി എന്ന് വെച്ചാൽ നട്ട തൂൺ തൂൺ അശോക പിള്ളറൊക്കെ ഇല്ലേ അതുപോലെ പില്ലറിൽ കൊത്തിവച്ച പോലെ കാലാകാലത്തേക്ക് അങ്ങയുടെ പേലെ പഴി നിൽക്കും എന്നാണ് ഭഗവാനെ ഭക്തന്മാര് വരട്ടുകയാണ് നമ്മള് കാര്യം നടന്നില്ലെങ്കിൽ ഈശ്വരനെ ഒന്ന് വരട്ടിയാലേ വെക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ വരട്ടേണ്ടി വരും ശങ്കരാചാര്യ സ്വാമികൾ നല്ല വണ്ണം ശിവനെ വരട്ടി ശിവാനന്ദ ലഹരിയിൽ എവിടെയാണെന്ന് വെച്ചാൽ നദി പിർ നുതി പിർ ധ്യാന സമാധി പിർന്നുഷ്ടഹ ശിവാനന്ദ ലഹരിയിൽ പറയണോ ഞാൻ ധ്യാനിച്ചു നോക്കി അങ്ങ് സന്തോഷിച്ചില്ല ഞാൻ സ്തുതിച്ചു നോക്കി അങ്ങ് സന്തോഷിച്ചില്ല ഞാൻ പ്രദക്ഷിണം ചെയ്തു നോക്കി അങ്ങ് സന്തോഷിച്ചില്ല സമാധി അഭ്യാസം ചെയ്തു നോക്കി എന്നിട്ടും സന്തോഷിച്ചില്ല ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു എന്തൊക്കെയോ ചെയ്തിട്ടും സന്തോഷിച്ചില്ല പക്ഷേ ഒരു അർജുനൻ ഒരാൾ വില്ലുകൊണ്ട് അടിച്ചു അപ്പൊ അയാൾ അനുഗ്രഹിച്ചു ചാക്കിന് നയനാർ എന്ന് പറയുന്ന ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു ഭഗവാന് ആ കല്ലെറിഞ്ഞ ആൾക്കും ഭഗവാൻ അനുഗ്രഹം ചെയ്തു എന്നൊരു കഥയുണ്ട് അശ്മഭിഹി അപ്പൊ അയാൾക്കും അനുഗ്രഹം ചെയ്തു കണ്ണപനയനാർ എന്ന് പറയുന്ന ഒരു ഭക്തൻ ചെരുപ്പ് കൊണ്ട് തുടച്ചു മേലെയൊക്കെ ശിശിവലിംഗത്തിൽ അയാൾക്കും അനുഗ്രഹം ചെരുപ്പ് കൊണ്ടടി വേറെ ഒരു ഭക്തൻ നല്ല മുസലം കൊണ്ടടിച്ചു ഇങ്ങനെയൊക്കെ കഥയുണ്ട് അപ്പോ ആചാര്യസ്വാമി പറയാൻ ഞാൻ പൂജിച്ചിട്ടും ധ്യാനിച്ചിട്ടും സമാധി അഭ്യസിച്ചിട്ടൊന്നും സന്തോഷിച്ചില്ലേ ഇനിയിപ്പോ ഇതൊക്കെ വേണമെങ്കിൽ ഞാനും ആവാം നാണോ കയ്യൊക്കെ ഒന്ന് മുട്ടിച്ചുരുട്ടെ ഇനിയിപ്പോ മുസലമോ വില്ലോ വല്ല കല്ലോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഞാനും അതൊന്ന് പ്രയോഗിച്ച് നോക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ വേണം ഭഗവാനോട് ഒന്ന് ഭഗവാനെ ഒന്ന് ഉശിര് പിടിപ്പിക്കാം അപ്പൊ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഈ പ്രാർത്ഥനയൊക്കെ പറയും ആരോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് ആരോട് എവിടെ പ്രാർത്ഥിക്കുന്നു അന്തർയാമിയോട് തന്നെയാണ് പ്രാർത്ഥന നമുക്ക് കണക്ഷൻ ഏർപ്പെടേണ്ടതും നമ്മളുടെ അന്തർയാമിയോട് തന്നെയാണ് നമുക്ക് എവിടെയോ വയർ കണക്ഷൻ വിട്ടിരിക്കണോ ആ വയർ വീണ്ടും കണക്ഷൻ ആവണം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ ശരണം ഗച്ഛെന്ന് വെച്ചാൽ വീണ്ടും കണക്ഷൻ ഉണ്ടാക്കിക്കൊള്ളൂ എന്നാണ് ആ കണക്ഷൻ ഉണ്ടാക്കാൻ എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ നമ്മൾ വർത്തമാനം പറയണം നമ്മളോട് എന്ന് വെച്ചാൽ നമ്മളുടെ അന്തര്യാമിയായി ഇളകാതെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തിനോട് അത് ഇളകിത്തുടങ്ങും അത് അകമേ നിന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങും അതകമേ നിന്ന് അതിൻ്റെ ഉത്തരം അനുഭൂതി രൂപത്തിൽ നമുക്ക് അകമേക്ക് കിട്ടി തുടങ്ങും അതുകൊണ്ട് ഈ പ്രാർത്ഥനയൊന്നും എവിടെങ്കിലും ഒരു ഒരു ഈശ്വരന് വേണ്ടിയിട്ടല്ല അതാണ് നിജഭജന ദൂരെ ജഡധിയാ ഭ്രമന്തം ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു അങ്ങേക്ക് ഞാൻ എന്തു പറയും ശംഭോ ത്വം പരമാന്തരംഗ ഇതിമേ ചിത്തെ സ്മരാമി അൻവഹം എല്ലാവരുടെയും യോഗക്ഷേമം വഹിക്കുന്ന അങ്ങയുടെ അടുത്ത് ഞാൻ എന്ത് പ്രാർത്ഥന ചെയ്യാനാന്നാണ് ചോദിക്കുന്നത് അകമേ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് കരയാൻ വേറെ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങയോട് തന്നെ ഞാൻ കരയുന്നു യോഗക്ഷേമ ദുരന്ധരസ് സകല ശ്രേയപ്രദോദ്യോഗിനത്യാ നിത്യ മതോപദേശകൃതിനഃ ബാഹ്യാന്തരവ്യാപിന സർവജ്ഞസ് ദയാം വേദിതിമേ ചിത്തെ സ്മരാമീ അന്വഹം എന്റെമായിട്ട് അവിടുന്ന് ഇരിക്കുന്നു ഞാൻ വർത്തമാനം പറയണതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ അങ്ങേതന്നെ അങ്ങയോട് തന്നെ അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം എന്തിനാന്ന് വെച്ചാൽ ആത്മവിചാരമില്ലാതെ വഴിപഴച്ച ശരീരത്തിനെ ഞാനെന്ന് ധരിച്ച് ഈ കാണുന്ന പ്രപഞ്ചമേ ഉണ്മ എന്ന് ധരിച്ച് കഠോപനിഷത്തിൽ യമൻ പറയുന്നു ഈ ലോകം മാത്രം സത്യം വേറെ ഒന്നും ഇല്ല എന്ന് ധരിക്കുന്നവൻ വീണ്ടും വീണ്ടും എന്റെ സിറ്റിയിലേക്ക് വന്നും പോയി കൊണ്ടിരിക്കും എന്നാണ് അയം ലോകോ നാസ്തി പരയിതിമാനി പുനഃ പുനഃ വശമാപദ്ധ്യതയേമേ മൃത്യോഹോ സമൃത്യം മരണത്തിൽ നിന്നും മരണം മരണത്തിൽ നിന്നും മരണം എന്താന്ന് വെച്ചാൽ ജനനവും ഒരു മരണമാണേ മരണത്തിൽ നിന്നും മരണം പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനൊരു അവസാനം എവിടെ വരുന്നു സ ആത്മസ്ഥം എ അനുപശ്യന്തി ധീരാഹ തേശാം ശാന്തി പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമരഹസ്യ രഹസ്യത്തിന്റെ ചുരുൾ അഴിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ വേണം അത് അഴിക്കാൻ നമ്മളിൽ വേണം അത് കണ്ടെത്താൻ നമ്മളിൽ അത് കുടികൊള്ളുന്നു നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യമേ പ്രപഞ്ചത്തിലുള്ളൂ അതാണ് രമണ മഹർഷിയോട് ആരെങ്കിലും ഈശ്വരൻ എന്ന് ചോദിച്ചാൽ മഹർഷി പറയും തൽക്കാലം നിങ്ങൾക്ക് ഈശ്വരൻ എന്നുള്ളതിലിപ്പോ ഉറപ്പില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ വരുന്നത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട് ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുണ്ടല്ലോ ഓരോരുത്തർക്കും അവനവൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ വാദിക്കും അവനവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സംശയമേ ഇല്ല അതെല്ലാവർക്കും അവനവന്റെ അസ്തിത്വം അനുഭവപ്പെടുത്തും ഈ ഞാൻ എന്താണ് എന്ന് വിചാരണം ചെയ്തു നോക്കൂ അത് അന്വേഷിച്ചു നോക്കും സത്യത്തിനെക്കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് അവനവന്റെ അസ്തിത്വം മാത്രമല്ല അതുമാത്രമാണ് അനുഭവ രൂപത്തിൽ നമുക്ക് സിദ്ധമായിട്ടുള്ളത് ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കണോ എന്നുള്ളത് എന്റെ അനുഭവമല്ല പ്രതീതിയാണ് എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നതാണ് നിങ്ങളെ ആരും ഞാൻ ഇന്ദ്രിയങ്ങളെ കൂടാതെ നിങ്ങളുടെ അസ്തിത്വം എനിക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല കണ്ണടച്ചുപോയാൽ എഴുന്നേറ്റ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയാപ്പ എനിക്കറിയില്ല ഒന്നിൽ നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കണം അല്ലെങ്കിൽ മണക്കണം അല്ലെങ്കിൽ തിന്നാനുള്ള വസ്തുവാണെങ്കിൽ രുചിക്കണം സ്പർശിക്കണം എന്തെങ്കിലും ഇന്ദ്രിയങ്ങളെ കൂടാതെ ഞാൻ അല്ലാത്ത പദാർത്ഥങ്ങളെ എനിക്ക് അറിയാൻ ഒക്കുകയില്ല പക്ഷെ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാൽ അടുത്തുള്ള ആൾ എഴുന്നേറ്റ് പോയാൽ നമുക്കറിയില്ല പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് വല്ല സംശയം വരുമോ ഗാഠാന്ധകാരത്തിലിരിക്കുമ്പോ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുമോ അതാണ് തപസ്പരസ്താദ് എന്ന് ശ്രുതി പറയണത് ഇരുട്ടിലും സിദ്ധമാണ് നല്ല കൂരാക്കൂരി ഇരുട്ടിലും എനിക്ക് ഞാനുണ്ട് എന്നറിയണം ആ അറിവ് സ്വയം പ്രകാശമാണ് അതാരും നമ്മളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാനുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾക്കും സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവാനും പറ്റില്ല അത് സ്വയം അറിയപ്പെടുന്ന വസ്തുവാണ് അതാണ് ഭാഗവതം ആരംഭിക്കുമ്പോ സ്വരാട് എന്നുള്ള പദം പ്രയോഗിച്ചത് സ്വയം രാജതെ സ്വയം പ്രകാശതയെന്നാണ് സ്വയം അകമേക്ക് പ്രകാശിക്കുന്ന സത്യംപരം ധീമഹി ആ സത്യത്തിനെ ധ്യാനിക്കണമെന്ന് ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നു അതിൽ ആർക്കും സംശയമില്ല അതെങ്ങനെ അറിഞ്ഞു തൊട്ടു നോക്കിയിട്ടാണോ അല്ല ചിന്തിച്ചു നോക്കണോ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചു നോക്കണോ അല്ലെങ്കിൽ ശബ്ദിച്ചു നോക്കണം ശബ്ദം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് ഊഹിക്കണോ ഞാൻ ഉണ്ട് എന്നുള്ളത് അനുഭവമാണ് എക്സ്പീരിയൻസാണ് അനുഭൂതി സ്വയം പ്രകാശ വസ്തുവാണ് അതിനെ ആരും നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല അത് നമുക്ക് സിദ്ധമായിട്ടുണ്ട് അതിനേക്കാളും സിദ്ധമായിട്ട് ഒരു വസ്തുവുമില്ല അതുകൊണ്ട് അതിന് അപരോക്ഷം എന്നാണ് വേദാന്തികൾ പറയുന്നത് അപരോക്ഷം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് വിതൌട്ട് എനി ഇന്റർമീഡിയറി ഓഫ് സെൻസസ് ഓർ മൈൻഡ് മനസ്സോ ഇന്ദ്രിയങ്ങളോ സഹായിക്കാതെ ഏർപ്പെടുന്ന ഒരു അനുഭവമാണ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഉണർവ് രൂപത്തിൽ അവബോധ രൂപത്തിൽ നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത് അത് ജീവാത്മാവിനെ പോലെ ഇപ്പൊ തോന്നുന്നു ഇപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു ഈ ശരീരത്തിനകത്ത് ഞാൻ എന്നൊരനുഭവം ഇത് ജീവാത്മാ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു പ്രകൃതി വികൃതി ഭിന്നഹ ശുദ്ധബോധസ്വഭാവം സദസദിദം അശേഷം ഭാസയൻ നിർവിശേഷ വിളസത്തി പരമാത്മാഗ്രസ് അഹം അഹം ബുദ്ധേ ജീവാത്മാ എന്ന് സംശയിക്കരുത് എന്ന് പറഞ്ഞാണ് വിലസതി പരമാത്മാഗ്രദിഷവസ്തു അഹം അഹം ഇക്ഷാത് സാക്ഷിപേണ ബുദ്ധേ പരമാത്മാ നമ്മളൊക്കെ അന്വേഷിക്കുന്ന ആ പരമേശ്വരൻ ആ ഭഗവാൻ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ അന്തര്യാമി രൂപേണ് വർത്തിച്ചുകൊണ്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ തെളിയുന്നു അതിനെ അന്വേഷിക്കാതെ പുറമേക്ക് അന്വേഷിച്ചുകൊണ്ടേ പോകുന്നുണ്ട് എത്ര ഗോളങ്ങളുണ്ട് ക്ഷീരാബ്ദിക്ക് എത്രയധികം വ്യാപ്തിയുണ്ട് പുതിയ പുതിയ ഗ്രഹങ്ങളുണ്ടോ എത്ര ഗ്രഹങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തില് പ്രകാശ എത്രയോ പ്രകാശവർഷം ദൂരത്തിൽ പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പത്രത്തിൽ കാണും ദൃഷ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഇത് കണ്ടുപിടിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം ചോദിച്ചാൽ ഉത്തരവേ ഇല്ല നമ്മള് സാധാരണ എല്ലാവരും വേദാന്തം പറയുമ്പോൾ അതാ ചോദിക്കാം വേദാന്തം പറഞ്ഞാൽ വേറെന്നറിയോ എന്നാണ് വേറെ രക്ഷ രാമായണത്തിൽ കബന്ധയാളുണ്ട് അയാൾക്ക് തല മുഴുവൻ വയറ്റിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ അതേ കഥ തല തല ഉപയോഗിക്കുന്നത് മുഴുവൻ വയറിന് വേണ്ടിയായി എന്തിച്ച് വേദാന്തം പറഞ്ഞാൽ വയറ് എന്നറിയുന്നതിനേക്കാളും വലിയൊരു പ്രയോജനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും അല്പം വയറ് പകുതി വയറാണെങ്കിലും കുചേലന് വയറ് പകുതിയെന്നറിഞ്ഞുള്ളൂ എങ്കിലും കൃഷ്ണസ് ആസീത് സഖാ കശ്യത്ത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത്രിയാർത്തു പ്രശാന്താത്മാജിതേന്ദ്രിയ അരവയറ് നിറച്ചിട്ടും പശ്നിയോടുകൂടെ ഇരുന്നിട്ടും സമൃദ്ധമായ ശാന്തിയോടുകൂടെ വർത്തിച്ചു എന്നാണ് അപ്പൊ വേറെ അല്പം നിറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഹൃദയം നിറഞ്ഞാൽ വേണ്ടില്ല ഇത് ഹൃദയം ശൂന്യമായിരുന്നു വയറ് നിറച്ചിട്ട് എന്ത് കാര്യം വയറ് മാത്രം നിറച്ച് വയറിനെ തൂക്കി തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് നടക്കാം എന്ത് പ്രയോജനം എന്തിനു കൊള്ളും അതുകൊണ്ടാണ് വയർ നിറയ്ക്കൽ മാത്രം എന്തൊക്കെ തിന്നാനുള്ള സാമഗ്രികളാണ് പുതിയത് പുതിയത് പുതിയത് പുതിയതായിട്ട് വരുന്നത് അത് ധാരാളം നിറയണം പക്ഷേ ഹൃദയം എങ്ങനെ നിറയും ഹൃദയം നിറയാനുള്ള വഴിയാണ് ഇവിടെ ആ ഒരു ചോദ്യം പരിഗണിച്ച ശേഷം ബാക്കിയൊക്കെ പരിഗണിച്ചോളൂ എന്നാണ് ഒന്ന് എന്നിട്ട ശേഷം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം എത്ര പൂജ്യം വേണമെങ്കിൽ ചേർത്തോളൂ വില കൂടിക്കൊണ്ടേയിരിക്കും വെറുതെ പൂജ്യം ഇട്ടിട്ടും പ്രയോജനമില്ല പൂജ്യമൊക്കെ ഇട്ടശേഷം അവസാനം കൊണ്ട് ഒന്നുവെച്ചിട്ട് നെഗറ്റീവ് വാല്യൂ ഈശ്വരനെ പിടിച്ച ശേഷം ലോകത്തിൽ എന്തു സ്വീകരിച്ചാലും സ്വീകരിക്കണമെന്നില്ല എന്തൊക്കെ നമുക്ക് പ്രാരബ്ധവശാൽ നിയതി അനുസരിച്ച് വരാനുണ്ടോ അതൊക്കെ ഭഗവാനോട് ഉണ്ടെങ്കിൽ വരും എന്നാണ് ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവും ലക്ഷ്മിയുടെ പുറകെ നടന്നാൽ ലക്ഷ്മി ചവലയാണോ അവൾ വരും പോകും വെറും ലക്ഷ്മിയെ മാത്രം വിളിക്കുകയാണെങ്കിൽ അപകടവുമാണ് എന്താന്ന് വെച്ചാൽ ഭർതൃഹരി പറയണു പരമവിരക്തനായപ്പോ ഭർതൃഹരി ലക്ഷ്മി ദേവിയോട് പറയാണ് അമ്മേ അമ്മക്ക് നമസ്കാരം അധികം ഒന്നും എന്റെ അടുത്ത് വരണ്ട ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമോ എന്ന് വെച്ചാൽ അദ്ദേഹം പറയണത് ലക്ഷ്മി എത്ര പതന്തി തത്ര വിവൃതദ്വാരവ വ്യാപത ഈശ്വരനെ കൂടാതെ ലക്ഷ്മി അവിടെ അതിരറ്റു വിലസുന്നുവോ അവിടെ വാതിൽ തുറന്നുവെച്ചാൽ കൊതുകും മോട്ടയൊക്കെ വരുന്ന പോലെ ആപത്തുകൾ കയറി വരും എന്നാണ് ആപത്തുകൾ കയറി വന്നുകൊണ്ടേയിരിക്കും തുരുതുരാന്ന് അപ്പോ ഭഗവാനെ മാറ്റി നിർത്തി ലക്ഷ്മിയും പ്രയോജനമില്ല എവിടെ ഭഗവാനുണ്ടോ അവിടെ ബാക്കിയൊക്കെ യേശുഗസ്തുവിന്റെ ഒരു വാക്ക് ചിലപ്പം അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കാണാം സി കി ദ കിങ്ഡം ഓഫ് ഗാഡ് എവറിങ് എൽസ് വിൽ ബി ആഡ് യു ഈശ്വരനെ അന്വേഷിക്കൂ ബാക്കിയൊക്കെ പുറകെ വരും ഗീതയിൽ ഭഗവാനും എന്തു പറയുന്നു അനന്യാശിന്തയന്തോ മാം ഏജനാ പര്യുപാസത്തെ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം യോഗക്ഷേമം ഭഗവാനാണ് വേറെ ആരുമല്ല നമുക്ക് വേറെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് യോഗക്ഷേമം മഹാമ്യ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ജീവിതം ധന്യമാവും ആദ്യം പ്രാമുഖ്യം അതിനു കൊടുക്കണം എന്തിനു കൊടുക്കണം അവനവനെ അറിയുന്നതിനു കൊടുക്കണം എന്നാണ് കോഹം കുത കാമേ ജനനി കോമേ ഇങ്ങനെ വിചാരം ചെയ്ത തത്വം ചിന്തയ തരിഹരാതഹ ആചാര്യസ്വാമികൾ ചോദി പറയാണ് എന്റെ സഹോദര എത്ര കാരുണ്യം വേണമല്ലേ എങ്ങനെ വിളിക്കണമെങ്കിൽ എന്റെ സഹോദര അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ടും ചിന്തിക്കാതെ എല്ലാം കിട്ടിയിട്ടും തോന്നിയ പോലെ നടക്കുന്ന ആളെ നോക്കിയിട്ട് പറയണം നാസ്തി നിയന്ത തനിക്ക് തന്നെ നിയന്ത ഇല്ലേ ഹേ വൃഷണ നട മഠയാം തന്നെ നിയന്ത്രിക്കാൻ ആളില്ലേ എന്നാണ് ചോദിക്കുന്നത് തന്നെ നിയന്ത്രിക്കാനാളില്ലേ സത്യത്തിനെ അന്വേഷിക്കൂ അല്ലെങ്കിൽ ജീവിതം വ്യർത്ഥമായിട്ട് പോകും ശൂന്യമായിട്ട് പോകും ഒരു പ്രയോജനത്തിനും കൊള്ളില്ല സത്യത്തിനെ അകമേക്ക് അന്വേഷിക്കണം പക്ഷേ സത്യം അന്വേഷിക്കും തോറും ഞാൻ എന്നുള്ള ആ ബോധം തന്നെ ശുദ്ധ അനുഭൂതി സ്വരൂപമായി അകമേക്ക് അല്പൽപമായി തെളിയും നമുക്ക് ജപം കൊണ്ടോ മറ്റോ ചിത്തവൃത്തികൾ കുറച്ചടങ്ങിയാൽ ഒരു ശാന്തി ഉണ്ടാകും പക്ഷെ ആ ശാന്തി നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ശരീരമാവുന്ന വീട്ടിന്റെ അഞ്ച് കാവൽക്കാരുണ്ടല്ലോ അവർ അൽപ്പം കൊന്ന് വശപ്പെട്ടു തരണം അഞ്ച് കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് അവരെ ബ്രൈവ് വാങ്ങിച്ചിട്ട് പലരെയും അകത്തേക്ക് കടത്തിവിടും അപ്പോഴാണോ കുഴപ്പമുണ്ടാവുക രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറഞ്ഞു ഐമ്പുല കൾവർ അകത്തിനിർപ്പുകുമ്പോത് അകത്തിനീ ഇല്ലയോ അരുണാചല ഐമ്പുലക്കൾവർ അകത്തിനിർപ്പുകുമ്പോത് ഈ അഞ്ച് പുലൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ കള്ളന്മാരെ അകത്തേക്ക് കടക്കണവും കടന്നിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ശാന്തിയാവുന്ന എന്റെ സ്വത്ത് സമ്പത്തിനെ അപഹരിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെ അപഹരിച്ചുകൊണ്ട് ഹേ അരുണാചല അകത്തിനീ ഇല്ലയോ അരുണാചല ഒരു ഗൃഹനാഥൻ വീട്ടിലില്ലെങ്കിലാണ് കള്ളൻ കട്ടുകൊണ്ടു പോവുക അല്ലെ ഒന്നിൽ ഗൃഹനാഥൻ വീട്ടിൽ ഇല്ലെങ്കിൽ കട്ടുകൊണ്ടുപോകും അല്ലെങ്കിൽ ഗൃഹനാഥൻ അജാഗ്രതയായിട്ടിരിക്കുമ്പോൾ കട്ടുകൊണ്ടുപോകും അല്ലെ നമുക്കറിയുന്നവരിപ്പൊ വീട്ടില് മോഷണം നടന്നു ധാരാളം ജ്വല്ലറിയൊക്കെ എടുത്തുകൊണ്ടുപോയി വീട്ടിലാരും ഇല്ലഞ്ഞിട്ടല്ല ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവനും എടുത്തുകൊണ്ടുപോയി ഇവര് വീട്ടിലുള്ളപ്പോ തന്നെ എന്തുപറ്റി അജാഗ്രത അതാണ് ജാഗ്രത ജാഗ്രത കാമക്രോധശ്ശ ലോഭശ്ശേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാര ജാഗ്രത എന്ന് അകമേ ജാഗ്രതയായിട്ട് വിളക്ക് കൊളുത്തി വീട്ടിനകത്ത് കാത്തുകൊണ്ടിരിക്കുന്നു വീട്ടിനകത്ത് കളവ് നടക്കാതെ നോക്കിക്കൊള്ളുക എന്നാണ് ഏതാ വീട്ടിനകം നമ്മളുടെ ശരീരമാകുന്ന വീട്ടിനകത്ത് ജ്ഞാനമാവുന്ന വിളക്ക് കൊളുത്തി ജാഗ്രതയോടെ ഇരിക്കണം ഇപ്പൊ മഹർഷി ഇവിടെ പറയുന്നത് അഞ്ചു കള്ളന്മാരെ പ്രവേശിക്കും പ്രവേശിക്കുമ്പോ ഭഗവാനെ അവിടുന്ന് ഹൃദയത്തിൽ ഇല്ലേ എന്നാണ് അടുത്ത പാട്ടിൽ അതിന് ഉത്തരം പോലെ പറയണു കുരുവനാ മുന്നൈ വരുവാർ പറ്റിക്കൽ ഭഗവാനെ അവിടുത്തെ മായ എന്നെ പറ്റിക്കുകയാണ് ഏകവും അദ്വയവുമായ ഒരു ബ്രഹ്മത്തിനെ അല്ലാതെ ഇവിടെ വേറെ എന്ത് വസ്തുവുണ്ട് ഇവിടെ കാഴ്ച ശബ്ദം മണം രുചി സ്പർശം എന്നുള്ളതൊക്കെ തന്നെ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൽ അജ്ഞാനം കൊണ്ട് മനസ്സ് എന്നുള്ള ശക്തി പൊന്തി അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ ഉള്ള പോലെ തോന്നിച്ച് ആ ഇന്ദ്രിയ വിഷയങ്ങളെ മതിരി കടക്കാൻ കഴിയാതെ നമ്മൾ വിഷമിക്കുകയാണ് അപ്പൊ ഒരുവനാ മുന്നേ ഏകവും അദ്വയവുമായ ഭഗവാനെ ഒഴിച്ച് വേറെ ആരുണ്ട് എന്നാണ് വേറെ അന്യമായ രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നുള്ള ഭ്രമം കാരണമല്ലേ എനിക്ക് അതിനെ കാണുമ്പോ ആകർഷണം ഇതിനെ കാണുമ്പോ വികർഷണം ഇത് കേൾക്കാവുന്നതാണ് ഇത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ തോന്നണത് ഈ ബ്രഹ്മാനുഭവം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അകമേക്ക് ഭഗവാൻ പ്രകാശിച്ചാൽ യാതൊന്നു കാണ്പതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ ഇന്ദ്രിയങ്ങളിലൂടെ പോലും ഭഗവത് അനുഭവം സിദ്ധിച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കഷ്ടപ്പെടുത്തില്ല ഇപ്പൊ ഇന്ദ്രിയങ്ങൾ നമ്മളെ കഷ്ടപ്പെടുത്താൻ കാരണം എന്താ എല്ലാം ദ്വൈത പ്രപഞ്ചം കാണുന്നു ഒന്നു വേറെ ഒന്നു വേറെ ഒന്നിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു മറ്റൊന്നു കണ്ടാ ഇഷ്ടപ്പെടുന്നില്ല രാഗം ദ്വേഷം അപ്പൊ ഐമ്പുലക്കൾവർ ഈ ഭേദബുദ്ധിയാണ് ഉൻ സൂത്ത് എന്ന് മഹർഷി ശൂത്ത് എന്ന് വെച്ചാൽ പറ്റിക്കൽ അതിനാണ് ഒരു പാട്ടിൽ പറഞ്ഞു ജപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് ഉറുപ്പെടും വിത്തൈ കാട്ട് അരുണാചലാണോ അവിടുന്ന് എവിടുന്നു പഠിച്ചു എന്നറിയില്ലേ ഇങ്ങനെ ജപ്പടി വിത്ത എന്ന് വെച്ചാൽ ആളുകളെ കൺകെട്ട് വിദ്യ കണ് കണ്ണുകെട്ടുന്ന വിദ്യ പ്രയോഗിച്ച് എന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിച്ച് ആളുകളെ അപഹരിക്കുന്ന പോലെ ഇങ്ങനെ ജപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട അതിനെ മയക്കിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാതെ ഉരുപ്പടും വിത്തൈ വല്ല നേരെ ചൊവ്വ ആവാനുള്ള ഒരു വിദ്യ വല്ലതും ഒക്കെ എന്നിട്ട് ഒരു പാട്ടിൽ പറയണു ഭഗവാൻ എങ്ങനെ ഈ ജീവൻ അനുഗ്രഹം ചെയ്തു എന്ന് വെച്ചാൽ ചിലരെന്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ തനിച്ചൊക്കെ ആവുമ്പോ മുഖത്തൊരു പൊടിയിടും പൊടിയിട്ടാൽ മയങ്ങി വീഴും വാങ്ങി വീണിട്ട് എണീറ്റ് നോക്കുമ്പോ നമ്മളുടെ പാക്കറ്റിലുള്ളതൊക്കെ പോയിട്ടുണ്ടാവും പെർസിലുള്ളതൊക്കെ പോയിട്ടുണ്ടാവും ഇതാണ് പൊടിയിട്ട് മയക്കുക എന്ന് പറയും അല്ലെ അതേപോലെ ഗുരുവും ചെയ്യണമെന്നാണ് ഭഗവാനും ചെയ്യണോ അരുണാചല ശിവൻ പൊടിയിട്ട് മയക്കി എന്ന് പറയാം മഹർഷി എന്ത് പൊടിയെന്ന് വെച്ചാൽ പൊടിയാൽ മയക്കി എൻ ബോധത്തെ പറിത്ത് ഉൻബോധത്തെ കാട്ടിനയ അരുണാചല എന്റെ അത്ഭുതമായ പാട്ട് പൊടിയാൽ മയക്കി ജ്ഞാനമാകുന്ന പൊടി തൂവി എന്നെ മയക്കി എന്നിട്ടിപ്പം എന്താ പറിച്ചെടുത്തതെന്ന് വെച്ചാൽ എൻ ബോധത്തെ പറിത്ത് എന്റെ ജീവഭാവം ഈ അല്പമായിട്ടുള്ള വ്യക്തിബോധത്തിനെ വലിച്ചെടുത്ത് അതില്ലാതാക്കി അഖണ്ഡാകാരമായ സായൂജ്യ പദവിയെ സാന്ദ്ര സായൂജ്യ ഭൂമിയെ അവിടെ ദർശിപ്പിച്ചു അഖണ്ഡാകാരമായിട്ടുള്ള ബോധാനുഭവം അവിടെ ഉണ്ടായി ബോധമണ്ഡലം പ്രകാശിച്ചു അതിനെ ചാതുര്യത്തോട് പറയാണ് പൊടി കൊണ്ട് മയക്കി സ്വത്തൊക്കെ അപഹരിക്കണ പോലെ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൊടിയാൽ മയക്കി എൻ ബോധത്തെ പരിത്തു ഉൻബോധത്തെ കാട്ടിനെ ഈ അരുണാചല എന്റെ ബോധം ഈ അഹങ്കാരം അജ്ഞാനം ഈ അല്പം എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ അഖണ്ഡാകാരമായ ബോധത്തിനെ തന്നു മാണിക്യവാചകസ്വാമികൾ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങേക്ക് ബിസിനസ് അറിയില്ല യു ആർ എ വെരി പൂർ ബിസിനസ് ഒരു സാധനം വിൽക്കുമ്പോ കൂടുതൽ വില വാങ്ങി അല്പവിലയുള്ള സാധനം കൊടുക്കണം ഇപ്പൊ അങ്ങ് എന്ത് ചെയ്തു വെച്ചാൽ അങ്ങയെ എനിക്ക് തന്ന് എന്നെയെ അങ് എടുത്തു അപ്പൊ എനിക്ക് പരമാനന്ദം ലാഭം പക്ഷെ അങ്ങക്ക് എന്താ അപ്പൊ എന്നെ എടുത്തിട്ട് കിട്ടിയതെന്നാ എനിക്ക് സംശയം ഈ ജീവബോധം പോകുന്നതാണ് ഒരേ ഒരു പരിഹാരം ഞാൻ ആരാണ് എന്ന് ചിന്തിച്ച് വിചാരം കൊണ്ട് അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇല്ലാതാവും അവിടെ അഖണ്ഡാകാരമായ ഒരു ബോധം ചിതാകാശം പ്രകാശിക്കും ആ ചിതാകാശ സ്ഫൂർത്തി തന്നെയാണ് ആത്മാനുഭവം അത് ഹൃദയത്തിൽ കണ്ടെത്തിയാണ് ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് തിരിയും അതാണ് ആദ്യം ഇന്ദ്രിയങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നു പക്ഷെ ഹൃദയ സെന്ററിലേക്ക് ചെല്ലുമ്പോൾ ഒരുവനാമുന്നേ ഒളിത്തെവർ ഒന്നല്ലേ ഉള്ളൂ പലതില്ലല്ലോ ആ അനുഭൂതി മണ്ഡലമാണ് രക്ഷാസ്ഥാനം പുറമേക്ക് ആപത്ത് ശത്രുക്കൾ വരുമ്പോൾ ഹൃദയസ്ഥാനത്തിലേക്ക് പോയാലോ ഹൃദയസ്ഥാനത്തിൽ ആപത്തേയില്ല അതാണ് കൂർമോ അങ്കാനീവ സർവശ എന്ന് ഭഗവാൻ ഇന്നലെ പറഞ്ഞത് ആമ പുറമേക്ക് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ കയ്യും കാലും തലയുമൊക്കെ അകമേക്ക് വലിക്കണ പോലെ പുറമേക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചോളാൻ കഴിയണം ഒരു ശാസ്ത്രികൾ വേദവും വേദാന്തവും ഗീതയുമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രികൾ ഈ ശ്ലോകത്തിന് ഇന്നലെ നമ്മൾ കണ്ട് യഥാ സംഹരത്തെ ചായം കുറുമോ ഗാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യപ്രജ്ഞ പ്രതിഷ്ഠിത ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിന് അദ്ദേഹം വളരെയധികം വിചാരം ചെയ്തു നോക്കി എങ്ങനെയാത് ആമ വലിക്കണ പോലെ നമുക്ക് എങ്ങനെ അന്തർമുഖമാക്കാൻ പറ്റും അതെങ്ങനെ സാധിക്കും അതിന് അദ്ദേഹം പല ശ്രമങ്ങളും ചെയ്തു നോക്കി ഒരു പിടിയില്ല പല പണ്ഡിതന്മാരോടും ചോദിച്ചു ഒരു പിടിയില്ല തെളിഞ്ഞില്ല ഇൻസൈറ്റ് വന്നില്ല അതിന്റെ അങ്ങനെ ഇരിക്കുമ്പോ മൈസൂറിൽ വെച്ച് ശിവാഭിനവ നൃസിംഹാരതി സ്വാമികൾ മൈസൂർ മഹാരാജാവിന്റെ അവിടെ വന്നിരിക്കണം അപ്പോൾ വലിയ ഫെസ്റ്റിവൽ പോലെ വലിയ ഉത്സവം പോലെ നടക്കുന്നു ഭഗവാനെ എഴുന്നേത്ത് കൊണ്ടുവരുന്നതും സ്വാമികളെ കൊണ്ടുവന്നിട്ടും ഒരു വലിയ തിരക്ക് ആയിരക്കണക്കിന് ആളുകള് ബഹളം ചുറ്റും ആ ബഹളത്തിന്റെ നടുവിൽ ഇദ്ദേഹം വേദം പഠിച്ച ആള് അദ്ദേഹം സ്വാമികളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഈ തെരക്കിന്റെ നടുവിൽ അദ്ദേഹം സ്വാമികളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അത്രേ അപ്പൊ ഈ ഗീതയിലെ ശ്ലോകമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് സ്ഥിതപ്രജ്ഞലക്ഷണം ഇങ്ങനെ ഈ തിരക്കിന്റെ നടുവിൽ പെട്ടെന്ന് അദ്ദേഹം കണ്ടു സ്വാമിയുടെ കണ്ണൊക്കെ നിശ്ചലമായി ശ്വാസമൊക്കെ നിലച്ചു ഈ ബഹളത്തിന്റെ നടുവിൽ ദൃഷ്ടി അന്തർമുഖമായി ആഴമായിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കാണുന്നവർക്കറിയാം അദ്ദേഹം ശരീരത്തിലേ ഇല്ല എന്നുള്ള മട്ടില് ദേഹസ്തോപിനേഹസ്ഥ ആ തിരക്കിന്റെ നടുവിൽ ആ ക്രൗഡിന്റെ നടുവിൽ ഒരു ക്ഷണ നേരത്തില് അദ്ദേഹം അങ്ങനെ നിശ്ചലമായി ബോഹിതണം അപ്പൊ അദ്ദേഹം പറയുക ആ ഒരേ ഒരു ക്ഷണം കണ്ടപ്പോ ഈ ശ്ലോകത്തിന്റെ രഹസ്യം എനിക്ക് പിടികിട്ടിന്നാണ് എല്ലാത്തിന്റെ ഇതിനാണ് സത്സംഗം എന്ന് പറയുന്നത് അതാണ് എന്തും നമ്മൾ കേട്ടാലും അൺലെസ് യു സി എ പേഴ്സൺ ഹു ഹാസ് ദാറ്റ് എക്സ്പീരിയൻസ് അത് നമുക്ക് ഉറപ്പ് കിട്ടില്ല ആ ഒരു ആ അനുഭവ തലം ഒരു ക്ഷണനേരത്തേക്ക് കണ്ടാൽ നമുക്ക് ശാസ്ത്രമൊക്കെ തുറന്നുവെച്ച പുസ്തകം പോലെ ആയിപ്പോവും ആ ഒരു ക്ഷണനേരം അദ്ദേഹം അങ്ങനെ വിഡ്രോ ചെയ്യുന്നത് കണ്ടതും ഉള്ളിലേക്ക് അങ്ങോട്ട് കണ്ടതും അതാണ് അവരുടെയൊക്കെ വിജയം രഹസ്യം ഇത്ര തിരക്കിന്റെ ഇടയിൽ ഇരിക്കുമ്പോഴും എവിടെയോ ഹൃദയത്തിൽ അവര് ഒരു സെന്റർ കണ്ടെത്തിയിരിക്കുന്നു അന്തർമുഖമാവാൻ വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയില് പ്രസംഗിച്ചു അതെല്ലാവർക്കും അറിയാം ഇന്നുവരെ അദ്ദേഹത്തിന് ആരും അറിയില്ല ഷിക്കാഗോ പ്രസംഗത്തിന് തലേദിവസം അദ്ദേഹം അവിടെ തെരുവില് സ്ട്രീറ്റില് ഒരു തിന്നിന്റെ ഉള്ളിലാണ് കിടന്നുറങ്ങിയത് ഒരാളും ചോറ് കൊടുക്കാൻ പോലും ഇല്ലാതെ അടുത്ത ദിവസം അദ്ദേഹം ലോകപ്രസിദ്ധനായിട്ട് തീർന്നു എന്നുവെച്ചാൽ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടെ അത്രയധികം ആളുകൾ അദ്ദേഹത്തിന് പൊതിഞ്ഞു ഒരു വലിയ കൂടാരം നിറയും അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് വെച്ചാൽ അത്രയുമായിട്ടും അദ്ദേഹത്തിന് അതിൽ യാതൊരു രുചിയും ഉണ്ടായിരുന്നില്ലേ എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആളുകളിൽ അതല്ല എനിക്ക് വേണ്ടത് എനിക്ക് കുറച്ച് ആളുകൾ വേണം ഈ സത്യത്തിനെ കാണാൻ തയ്യാറായിട്ടുള്ള അല്പം പേരെനിക്ക് കിട്ടിയാൽ മതി ഇത്രയും പറഞ്ഞു അദ്ദേഹം തൗസൻഡ് ഐലൻഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പന്ത്രണ്ട് പേരുമായിട്ട് കുറച്ചു വസിച്ചു അവർ പന്ത്രണ്ട് പേരും വളരെ ഉയർന്ന അനുഭൂതി മണ്ഡലത്തിലേക്ക് ഉയർന്നു ചിലരൊക്കെ അതിൽ സന്യാസികളായിത്തീർന്നു അപ്പൊ അവരുടെ കൂടെ വസിക്കുമ്പോൾ ആ അമേരിക്കയിലെ ആ ജീവിതത്തിന്റെ ഇടയിലും ഒരു അനുഭൂതിമാൻ എങ്ങനെയിരിക്കും എന്നുള്ളതിനൊരു തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ആ തിരക്കിന്റെ ഇടയിലും വളത്തിനിടയിലും അദ്ദേഹം ഒരു ദിവസം ആ തൗസൻഡ് ഐലൻസ് പാർക്ക് ഒരു വനാന്തരമാണ് അവിടെ ഒരു നദിയുടെ തീരത്തിൽ ആഴമായിട്ട് സമാധിസ്ഥനായിട്ടിരുന്നു മഴ പെയ്തിട്ട് ഭയങ്കരമായി മഴ പെയ്തിട്ട് അദ്ദേഹം മുഴുവൻ നനഞ്ഞു കുളിച്ചിട്ട് പറഞ്ഞിട്ടില്ല ശിഷ്യന്മാരായിട്ടുള്ളവര് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവര് ഇദ്ദേഹത്തിന് അന്വേഷിച്ച് കൊടയും ഒക്കെ ആയിട്ട് ചെന്നു ഇദ്ദേഹം എവിടെയാന്ന് കാട്ടിട്ടുള്ളു അപ്പൊണ്ട് ഒരു ലേക്കിന്റെ ഒരു തടാകത്തിന്റെ തീരത്ത് ഇദ്ദേഹം നിശ്ചലമായിട്ട് യാതൊരു ബാഹ്യപ്രജ്ഞയും ഇല്ലാതെ ശരീരം തന്നെ ജഡം പോലെ ഇരിക്കണം മഴ അത്രയധികം മഴ നനഞ്ഞിട്ടും ഇദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല കുർമോ അങ്കാനീവ സർവശാഹ അവര് എവിടെയോ ഒരു സെന്റർ രക്ഷപ്പെടാനുള്ള സെന്റർ കണ്ടെത്തിയിരിക്കുന്നു ആര് ആ സെന്റർ കണ്ടെത്തിയിരിക്കുന്നു അവരെ വിഷമിക്കില്ല അല്ലെ ഒരു പട്ടണത്തിൽ ഉത്സവത്തിന് പോയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു ലോഡ്ജിങ് കണ്ടെത്തി വെക്കും എല്ലാ ഉത്സവമൊക്കെ കണ്ടിട്ട് ലോഡ്ജിങ്ങിലേക്ക് പോകാന്ന് വെച്ചാൽ രാത്രി കിടക്കാതെ തന്നെ ഇരിക്കണം കിടക്കാൻ ഒരു സ്ഥലം കിട്ടില്ല അപ്പൊ ആദ്യം സമർത്ഥമായിട്ട് ഒരു ലോഡ്ജിങ് കണ്ടെത്തി വെച്ച ശേഷം ഉത്സവം കാണാൻ പോകുന്നവൻ സമാധാനമായിട്ട് ഉത്സവത്തിൽ പോയി എപ്പോൾ വേണമെങ്കിലും വന്ന് റെസ്റ്റ് എടുക്കാം അതാണ് യോഗികളുടെ ഒക്കെ സീക്രട്ട് അവരെ സംസാരത്തിൽ പ്രവൃത്തിയെടുക്കുന്നതിന് മുമ്പ് വ്യവഹരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഹൃദയത്തിൽ അവരൊരു ലോഡ്ജിങ് കണ്ടെത്തി വെക്കണം എപ്പോൾ വേണമെങ്കിലും റിട്ടയർ ചെയ്യാവുന്ന ഒരു സൈലന്റ് പ്ലേസ് അത് അത്യധികം നിശ്ചലമാണ് ഏകാന്തത്തിൽ വസിക്കണം എന്ന് പറയുമ്പോൾ അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ഏകാന്ത സ്ഥിതി എന്ന് വെച്ചാൽ എന്താ ആദൌ മധ്യേജ അന്തേജ ജനോ യസ്മിൻ നവിദ്യത്തെ ആദിയിലും മധ്യത്തിലും അന്തത്തിലും ഒരിക്കലും ജനങ്ങൾ എവിടെയില്ലയോ ജനങ്ങൾ എവിടെ ഉണ്ടായിട്ടില്ലയോ അങ്ങനെയുള്ള സ്ഥാനമാണ് ഏകാന്തം അങ്ങനെയൊരു സ്ഥാനം എവിടെ ഉണ്ട് നമ്മളുടെ ഹൃദയം മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും ആർക്കും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ഒരു ഇൻട്രൂഷൻ ഉണ്ടാവാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു നിശ്ചലമായ കേന്ദ്രത്തിനെ കണ്ടെത്തി വയ്ക്കുന്നതിനാണ് കുർമയോഗം എന്നു പേര് സ്ഥിരപ്രജ്ഞലക്ഷണത്തിന്റെ ഭാഗമായ കുർമയോഗം അപ്പൊ ഭാഗവതത്തിൽ വരാഹാവതാരത്തിനോടൊപ്പം പായസമൊക്കെ തിന്നുള്ള കുഴപ്പമില്ല ഇതും കൂടെ ഓർമ്മിച്ചോളും വരാഹാവതാരത്തിനോടൊപ്പം പായസം വേദിക്കലൊക്കെ ആവട്ടെ പക്ഷെ ഇതും കൂടെ ഓർമ്മിച്ചോളും വരാഹത്തിന്റെ തത്വം ഇതാണ് വരാഹ കൂർമാവതാരത്തിനോടൊപ്പം അന്ന് വരാഹാവതാരം ആദ്യത്തെ ദിവസമാണല്ലോ കുർമാവതാരത്തിനോടൊപ്പം കൂർമാവതാരം എന്ന് വെച്ചാൽ കുർമ്മയോഗം എന്നൊന്നുണ്ട് നമുക്ക് ചെറുതായിട്ടൊരു കുർമ്മയോഗം പഠിക്കാൻ ഒരു വഴി എന്താന്ന് വെച്ചാൽ ജപം മാനസീജപം പരിശീലിക്കുക മനസ്സുകൊണ്ട് ജപം ചെയ്ത് പരിശീലിക്കാം ബസ്സിലോ മറ്റോ പോവുകയാണെങ്കിലും യാത്രയിലോക്കെ ആണെങ്കിലും നമുക്ക് സറൗണ്ടിങ്സ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ അന്തർമുഖമായി ഉള്ളുകൊണ്ട് ജപിച്ച് ആ ജപത്തിനെ കേട്ടുകൊണ്ടിരിക്കാവുന്ന ഒരു അഭ്യാസം നേടിയെടുത്ത അത് തന്നെ മാറും ജപം അകമയ്ക്ക് ധ്വനിച്ചുകൊണ്ടേയിരിക്കട്ടെ എളുപ്പം ഏതോ ഒരു നാമം ഒരു രാമനാമമോ നാരായണനാമോ ഏതോ ഒരു നാമത്തിനെ പിടിച്ചും കൊണ്ട് അത് രാവും പകലും ജപം ചെയ്ത് കുറെ നമ്മൾ അഭ്യസിച്ചാൽ പിന്നീട് നമ്മൾ ജപിക്കാതെ തന്നെ ഹൃദയം ജപിക്കും ആ ഹൃദയം ജപിക്കണതിനെ നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെ ഹൃദയത്തിൽ അന്തരംഗത്തിൽ ഒരു ജപത്തിനെ പരിശീലിച്ച് ഏത് തരത്തിന്റെ നടുവിലെയും നടുവിലും ഏത് തിരക്കെട്ട ജോലിയുടെ നടുവിലും അങ്ങനെ ഒരു യോഗം കിട്ടിയാൽ അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ സ്ത്രീകൾക്കൊരു പ്രശ്നവുമില്ല പ്രത്യേകിച്ച് ജപിക്കാൻ സമയമൊന്നും വേണ്ട കൈ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഉള്ളിൽ ജപം നടന്നുകൊണ്ടേയിരിക്കും കൈ എന്ത് ജോലി ചെയ്യുമ്പോഴും കൈ ജോലി ചെയ്യട്ടെ ജോലി ചെയ്യുമ്പോഴും ഹൃദയത്തിൽ നമ്മളുടെ ശ്രദ്ധ ഈ ജപത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് കുറച്ച് പരിശീലിക്കണം കുറച്ച് പരിശീലിച്ചാൽ എന്ത് പണി ചെയ്താലും ഈ ഹൃദയത്തിലുള്ള ഈ ശ്രദ്ധ വിട്ടുപോവാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും ഒരു നാമജപമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ദിവ്യരൂപത്തിനെ ധ്യാനിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭൂമി അകമയ്ക്ക് ഒരു യു ഹാവ് ടു ഗെറ്റ് ഗ്രൗണ്ടഡ് വിത്തിൻ അകമയ്ക്ക് ഒരു ഭൂമി കണ്ടെത്തണം അകമയ്ക്ക് നമുക്കൊരു വിശാലമായ ഒരു സ്ഥാനം കണ്ടെത്തണം ഹൃദയത്തിൽ അവിടെ അതിനുള്ള വഴിയാണ് ഈ ജപമോ ധ്യാനമോ ഭഗവാന്റെ രൂപധ്യാനമോ അല്ലെങ്കിൽ കേവലമായ ശാന്തിയുടെ അനുഭൂതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെന്റർ എല്ലാം ഒന്ന് നമുക്ക് പുറമേക്ക് കാണുമ്പോൾ വേറെ വേറെ തോന്നും എല്ലാ അവസാനം ആത്മാനുഭവത്തിൽ കലാശിക്കും കാരണം നമ്മൾ രൂപത്തിനെ ഭാവന ചെയ്താലും മന്ത്രത്തിനെ ഭാവന ചെയ്താലും എന്ത് ചെയ്താലും ഈ ഒരേ ഒരു സെന്ററിനെ സാധ്യമാവണം വേറെ ഒരിടത്തും സാധ്യമല്ല ഞാനുണ്ട് എന്നുള്ള ആ അനുഭവ മണ്ഡലത്തിൽ തന്നെ എല്ലാം ഉണ്ടാവണത് അപ്പൊ എല്ലാത്തിനും സ്വാദം ഒന്ന് തന്നെ പുറമേ വേറെ വേറെ പോലെ തോന്നും അത്രയേ ഉള്ളൂ ഞാൻ രാമനെ ധ്യാനിക്കുള്ളൂ കൃഷ്ണനെ ധ്യാനിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഒക്കെ ഒന്ന് തന്നെ രാമനായാലും ശിവനായാലും കൃഷ്ണനായാലും എല്ലാം ഈ ഒരു ബോധമണ്ഡലത്തിൽ തന്നെ അനുഭവം ഉണ്ടാവണത് കുട്ടികൾ പറയും എനിക്ക് പൂച്ച ബിസ്കറ്റ് തന്നെ വേണം പൂച്ചയുടെ ഷേപ്പ് ഷേപ്പ് കാക്കയുടെ ഷേപ്പിലൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാവും കുട്ടികൾ പറയും എനിക്ക് ഈ ബിസ്ക്കറ്റ് തന്നെ വേണം അവർക്ക് അവസാനം എല്ലാ ബിസ്ക്കറ്റും വായിലിട്ട് കൊടുത്താൽ മനസ്സിലാവും രൂപമേ വ്യത്യാസമുള്ളൂ രുചി ഒന്ന് തന്നെ അതേപോലെ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് മാർഗത്തിനെ ആശ്രയിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല കേനാപി ഉപായേന മനഃകൃഷ്ണേന വേശയിൽ എന്തെങ്കിലും വഴിയിൽ ഹൃദയത്തിൽ നിഷ്ഠനാവണം ആ ഹൃദയനിഷ്ഠയ്ക്കാണ് ഭഗവാൻ ഇവിടെ കൂർമയോഗം എന്ന് പറഞ്ഞത് കൂർമ്മയോഗത്തിന്റെ ആദ്യ പടി എന്താ അതായത് ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ വിഷയങ്ങളുടെ നടുവിലിരുന്നും ബാധിക്കപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല വിഷയങ്ങളുടെ നടുവിലിരുന്ന് ബാധിക്കപ്പെടാതിരിക്കൽ അത്ര എളുപ്പമല്ല അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിൽ വാസന നമ്മൾ ബാധിക്കപ്പെടുക തന്നെ ചെയ്യും സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ തീ പിടിക്കും സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഫ്യൂവൽ ഇല്ലെങ്കിൽ പിന്നെ തീ കൊളുത്തിയാൽ പിടിക്കില്ല അതുപോലെ നമ്മളുടെ ഉള്ളിൽ വാസന ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരേ വഴിയേ ഉള്ളൂ വിഷയ സമ്പർക്കം വരാതെ സൂക്ഷിക്കുകയാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയണു വിഷം കഴിച്ചാലേ മരിക്കടൂ വിഷം ഇതുവരെ ആ ഒരു ദൂരത്ത് ഒരു ബോട്ടിൽ വിഷം വെച്ചിരിക്കണം കണ്ടിട്ട് മരിച്ചു എന്ന് ഇതുവരെ കഥയില്ല ഏറ്റവും എളുപ്പത്തിൽ മരിക്കാൻ ഇന്നത്തെ ആളുകൾ ഇൻവെൻഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം സൈനൈഡ് കഴിക്കുകയാണ് വായൽ തൊടുമ്പോഴേക്കും പോകുമോ എല്ലാരും കഴുത്തിലോരോന്ന് തൂക്കി കൊണ്ട് നടക്കുകയാണെന്നാണ് പറയണത് കളികളൊക്കെ മഹാധീരന്മാരാണ് ഏതായാലും അതുപോലും കഴിച്ചാലേ മരിക്കൂ കണ്ടിട്ട് മരിക്കണ ഇതുവരെ കണ്ടുപിടിച്ചതായിട്ട് തോന്നില്ല പക്ഷെ ഈ വിഷയം എന്നുള്ളത് ഉണ്ടല്ലോ ജന്മജന്മാന്തരങ്ങളിലേക്ക് മരണത്തിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുകയാണെന്നാണ് വിഷയം എന്ന് വെച്ചാൽ എന്താ മനസ്സിൽ ദാറ്റ് ക്രിയേറ്റ്സ് ഇമ്പ്രഷൻ വാസന ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചുഷാപ്യം എന്നാണ് വിഷം കുടിക്കുന്ന ആളെയോ കൊല്ലുള്ളൂ ഇത് കണ്ണുകൊണ്ട് കണ്ടാമതി ജന്മജന്മാന്തരങ്ങളിലേക്ക് അതിന്റെ ഇമ്പ്രഷൻ അകമേക്ക് നിന്നുകൊണ്ട് ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ വിഷയങ്ങളോട് സേഫായിട്ട് ഒരു വഴിയേ ഉള്ളൂ ഭഗവാൻ പറയണത് ആദ്യത്തെ പടിയായിട്ട് ഏതേത് വിഷയങ്ങൾ നമ്മളെ ഭഗവാനിൽ നിന്നും അകറ്റുമോ ഭക്തിമാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ ശാന്തിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ അതിനോട് ധീരതയൊന്നും കാണിക്കാൻ പോണ്ട അകന്നുള്ള ഈ ഞാനതൊന്നും ബാധിക്കപ്പെടില്ല എന്നൊന്നും പറയണ്ട ആദ്യത്തെ പടി അതാണ് നായകടിക്കും തോന്നിയാൽ നായയുടെ എടുത്ത് കൊഞ്ചാനൊന്നും പോണ്ടപ്പോ അടിച്ചാൽ എന്തിനും പലരും ക്രൂര മൃഗങ്ങളെയൊക്കെ ടൈം ചെയ്ത് എടുക്കണുണ്ടോ ഇപ്പം കരടി പുലി പാമ്പ് പക്ഷെ അതൊക്കെ അവർ എത്ര കാലം പരിശീ പരിശീലിച്ച് അതിന്റെ കൂടെ നിന്ന് അതിന്റെ ഓരോ മട്ടും നോക്കിയിട്ടാണ് ചേരുന്നത് അതിനു മുമ്പ് പോയാൽ അത് നമ്മളെ ഒരുപാട് സ്നേഹിച്ച് വിഴുങ്ങിക്കിടങ്ങും അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൂട്ടുകൊണ്ട അപ്പൊ വിഷയങ്ങളോട് നിരാഹാരം എന്നുള്ള വഴിയാണ് ഇവിടെ ഭഗവാൻ വിധിക്കുന്നത് അടുത്ത യോഗം ഭഗവാൻ പറയണത് നിരാഹാര യോഗമാണ് നാളെ ഏകാദശിയാണ് അതെ ഏകാദശി ആഹാരത്തിന്റെ വിഷയത്തിൽ ഏകാദശി നമുക്ക് ആഹാരത്തിനോട് നമുക്ക് വല്ലാത്ത അഡിക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു ഊട്ടുവരയില് കുറെ ആളുകൾ ഉണ്ണാനിരിക്കണം അപ്പൊ ഒരു അവതൂതന അവിടെ വന്നു ആദ്യത്തെ ഇലയിലിരിക്കുന്ന ആളോട് ചോദിച്ചു എന്തിനായിരിക്കണു ഉണ്ണാൻ രണ്ടാമത്തെ ആളോട് ചോദിച്ചു എന്തിനായിരിക്കണോ ഉണ്ണാൻ മൂന്നാമത്തെ ആളോടും ചോദിച്ചു എന്തിനായിരിക്കണം ഏയ് രണ്ടു പേര് പറഞ്ഞില്ലേ ഇപ്പൊ എന്താ ഇപ്പോ താങ്കൾക്ക് ചെവിട് കേട്ടില്ലേ അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങളിപ്പോ വേറെ വല്ലതിനും ഇരിക്കാനാണോന്ന് സംശയത്ത് ചോദിച്ചു അല്ല ഉണ്ണാൻ ഇങ്ങനെ ഒരു നാലഞ്ചു പേരെ ഒരാൾ എടുത്ത് ദേഷ്യപ്പെട്ടു അപ്പൊ അയാളെയും വിട്ടിട്ട് പോയി അവസാനം ഒരാൾ പറഞ്ഞു ഇരിക്കാനും ഉണ്ണുണു പറഞ്ഞു അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് അബദ്ധം മനസ്സിലായത് ഉണ്ണാനായിട്ട് ഇരിക്കണതിനും ഇരിക്കാനായിട്ട് ഉണ്ണതിനും ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഉണ്ണാനായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ഊണ് ഊണ് ഊണ് ഊണ് പല വിധത്തിലുള്ള അങ്ങനെ ആവുമ്പോ അതിന് നമ്മള് അനാവശ്യമായിട്ട് അഡിക്ഷൻ അപ്പൊ ഏകാദശിയൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസം അല്പം ഊണ് കുറക്കുകയെ മാറ്റിയേ അല്ല വേണ്ട വെക്കേ അങ്ങനെ പതുക്കെ ഒരു നിയന്ത്രണം അത് ഊണിന്റെ കാര്യം മാത്രമല്ല ഊണും വർത്തമാനം പറയലും കണ്ണുകൊണ്ട് പല സാധനങ്ങൾ കാണലും ഏകാദശി വെച്ചാൽ അന്ന് വേറെ പല വ്രതവും എടുക്കണം അല്പം മൗനവും എടുക്കണം ടി വി വ്രതവും എടുക്കണം അന്നത്തെ ഒരു ദിവസം അടുത്ത ദിവസം കണ്ടോളൂ ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അകം പഠിക്കാം അന്നൊരു ദിവസം ഒന്ന് സുഖിച്ചു നോക്കുക ഈ ശാന്തിയുടെ സുഖം ഒന്ന് കണ്ടെത്തി നോക്കുക നിശ്ചലത കണ്ടെത്തി നോക്കുക അന്നൊരു ദിവസം ടി കാണരുത് അന്നൊരു ദിവസം ഊണ് കുറയ്ക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക അവരവരുടെ ശക്തി പോലെ വർത്തമാനം കുറയ്ക്കാം ജപം ചെയ്യാം വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കാം അങ്ങനെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും എന്ന് വെച്ചാൽ പത്ത് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയ പതിനൊന്നാമത് മനസ്സ് ഈ പതിനൊന്നും നമുക്ക് ഭഗവത് സേവയ്ക്ക് വഴങ്ങി തരികയാണെങ്കിൽ നല്ല ഏകാദശിയായി ശുദ്ധ ഉപവാസം ഉപവാസം എന്ന് വെച്ചാൽ അടുത്തിരിക്കൽ എന്നാണ് അർത്ഥം ശുദ്ധ ഉപവാസം ഉപവാസം ആരുടെ അടുത്തിരിക്കണം ഭഗവാന്റെ അടുത്തിരിക്കണം അത് അതിന് നിരാഹാരയോഗം അങ്ങനെ നിരാഹാരം ചെയ്താൽ എന്താവും ിയങ്ങൾ വഴങ്ങിത്തരും നമുക്ക് സുഖിപ്പിക്കും നമ്മുടെ സുഖിപ്പിക്കും അതായത് അടുത്ത ദിവസം നല്ല ഉത്സാഹം ശരീരത്തിന് ഉത്സാഹം ഉണ്ടാവും മനസ്സുകൊണ്ട് അധികം വിഷയങ്ങളെ ഭുജിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് ഉത്സാഹം ഉണ്ടാവും കണ്ണുകൊണ്ട് വേണ്ടാത്തോന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ണിനൊരു പ്രകാശം ഉണ്ടാവും എല്ലാം എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്കൊന്ന് സുഖിപ്പിക്കും നമുക്കൊന്ന് പ്രസന്നമാക്കി തരും നമ്മുടെ പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതാൻ പാടില്ല അതിന്റെ രസം ഇപ്പോഴും ഉള്ളില് കിടക്കുന്നുണ്ട് വിഷയങ്ങളുടെ രസം പോയിട്ടില്ല നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയാൽ അതിന് തപസ് എന്ന് പേര് തപസാണ് ഇതൊക്കെ തപസ്സാണ് ഏകാദശി തപസ്സാണ് ടി വി കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ തപസാണ് എന്താന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാച്ചുറൽ ടെൻഡൻസിയെ തടസ്സം ചെയ്യുമ്പോൾ അകമയ്ക്കൊരു ചൂടുണ്ടാവും താപമുണ്ടാവും അത് പേരാണ് തപസ് അതിന്റെ പേരാണ് തപസ് അപ്പൊ ടി വി കാണണം എന്നൊരാഗ്രഹം പാടില്ല എന്ന് നിർത്തുമ്പോൾ ഒരു ഒരു എനർജി ജനറേറ്റഡ് ഒരു താപം ഉണ്ടാവണം ആ താപം തപസ്സാണ് ഇങ്ങനെ ഓരോന്നും അല്പ അല്പം പിടിച്ചു നിർത്തുമ്പോൾ ഏർപ്പെടുന്ന ഇച്ഛാശക്തി ധൃതി സാത്വികമായ ധൃതി ആ ധൃതിക്ക് പേരാണ് ആ ധൃതി യോഗസ്ഥിതിയാണ് ആ ധൃതിയാണ് ഭഗവാൻ ഇവിടെ നിരാഹാരം കൊണ്ട് നേടിയെടുക്കണം എന്ന് പറയുന്നത് ആഹാരം വായു കൊണ്ട് പോണത് മാത്രമല്ല കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ഒക്കെ ആഹാരമാണ് പതിനൊന്ന് ഇന്ദ്രിയങ്ങളിലൂടെയും ആഹാരമാണ് അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ അകമയ്ക്ക് പോകുന്ന ആഹാരം ശുദ്ധമായാൽ ആഹാരശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധ്രുവാസ്മൃതി സ്മൃത്തെർലാപെ സർവ്രന്ഥീന വിപ്രമോക്ഷൃതികഷായ തമസ പാരം ദർശയതി ഭഗവാൻ സനത്കുമാര ശ്രുതിപരം ആഹാരശുദ്ധ സത്വശുദ്ധി ആഹാരം ശുദ്ധമായാൽ നമ്മളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു തെളിച്ചുണ്ടാവും വായു കൊണ്ട് കഴിക്കുന്ന ആഹാരവും വളരെ ഇമ്പോർട്ടന്റ് അതുകൊണ്ടാണ് ആഹാരം എന്നുള്ള പദത്തിന് പ്രയോഗിച്ചത് അവിടെ വായു കഴിക്കുന്ന ആഹാരത്തിന് ഏറ്റവും അധികം പ്രാമുഖ്യം ഉള്ളത് ആഹാരം സാത്വികമായിട്ടുള്ള ആഹാരമായിരിക്കണം ഒന്നാമത് തിന്നുന്ന ആഹാരം അല്പമായിരിക്കണം നമ്മളുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള അല്പമായിരിക്കണം സാത്വികമായിരിക്കണം ഹിംസ കൊണ്ട് കഴിക്കുന്ന മാംസഭോജനമൊക്കെ അതിൽ രണ്ടു വിധത്തിലുള്ള കുഴപ്പമുണ്ട് ഒന്ന് നമ്മൾ ചെയ്ത് ഹിംസ രണ്ട് ഏത് പ്രാണിക്കും പ്രാണഭയമുണ്ട് അപ്പൊ അതിനെ ഹിംസിക്കുമ്പോ അത് ഭയക്കും ഭയക്കുമ്പോ അതിന് ശരീരത്തിൽ മുഴുവൻ ദ്വേഷവും വിഷവും നിറയും അതിനെയാണ് ഭക്ഷിക്കുന്നത് ഇത് രണ്ടു കുഴപ്പങ്ങളും അതിലുണ്ട് ഈ ആഹാരം ശുദ്ധമല്ലെങ്കിൽ യോഗമൊന്നും സാധ്യമാവില്ല അപ്പൊ ആഹാര ശുദ്ധവും വായകൊണ്ട് കഴിക്കുന്ന ആഹാരം എല്ലാം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായാൽ ആ ജ്ഞാൻ എന്നുള്ള സ്ഫൂർത്തി നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തി തുടങ്ങും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഒരാൾ മെച്യുർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാളുടെ മെച്യൂരിറ്റിയുടെ ലക്ഷണം തന്നെ എന്താണെന്ന് വെച്ചാൽ അയാൾ അയാളെ നിയന്ത്രിക്കുന്നതിൽ അയാളുടെ ഓരോ പെരുമാറ്റത്തിലും അഹങ്കാരം തുളുമ്പാതെ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം അയാൾ അൺകോൺഷ്യസായിട്ട് ആത്മവിചാരം ചെയ്യും ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും വളരെ അതാണ് നമ്മൾ നല്ല പാകം വന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ അവരറിയാതെ ആത്മവിചാരം ചെയ്യും അറിയാതെ അൺകോൺഷ്യസായിട്ട് ഞാൻ എന്നുള്ളത് പൊന്താതെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ഉതിയാതെ ഉള്ള നില നാം ഉള്ള നില സദർശനത്തിന്റെ തമിഴ് രൂപത്തില് മഹർഷി പറയണതാണ് ഞാൻ എന്ന് ഉദിക്കാത്ത സ്ഥിതിയിൽ ഈശ്വരൻ നമുക്ക് സിദ്ധമാണെന്നാണ് പൂർണ്ണവസ്തു സിദ്ധമാണ് അത് ശ്രദ്ധിച്ചു ആ ശ്രദ്ധിക്കാൻ സാധിക്കണമെങ്കിൽ സത്വഗുണം വേണം അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ലേ സത്വഗുണം ഉണ്ടാകുമ്പോ സത്വാസഞ്ചായതെ ജ്ഞാനം അപ്പോ സത്വശുദ്ധി ദുർവാസ്മൃതി സ്മൃതേർ ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ഹൃദയത്തിലുള്ള കെട്ടുപാടുകളൊക്കെ അഴിഞ്ഞുവരും ഹൃദയത്തിലുള്ള കെട്ടുകളൊക്കെ അഴിഞ്ഞുവരും നമ്മൾ സ്വതന്ത്രമാകും അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് അടുത്തത് നോക്കുക ൾ നമ്മളെ ഉപദ്രവിക്കില്ല എപ്പോ നിരാഹാര അതിനെ അനുഭവിക്കാത്തവനെ അവ വിട്ടുപോകും പക്ഷെ രസവർജം അതിന്റെ ടേസ്റ്റ് അകമായിക്കൊണ്ടാകും ടേസ്റ്റ് പോയിട്ടില്ല രസവർജം ആ രസം എപ്പോ പോകും പരം അത് വിട്ടുപോകും ആത്മസാക്ഷാത്കാരോ ആത്മാവിന്റെ രസം കണ്ടാൽ വിഷയങ്ങളിലുള്ള രസം വിട്ടുപോകും ആത്മാനുഭവത്തിന്റെ രസം അനുഭവിച്ചാണ് പിന്നെ വിഷയരസം അനുഭവിക്കൂ നല്ല പായസത്തോടെ വീട്ടിൽ ചാപ്പാടുള്ളപ്പോൾ എച്ചിൽ തിന്നോ അകമയ്ക്ക് ഹൃദയത്തിൽ ആത്മാനന്ദം അനുഭവിച്ചവന് പിന്നെ വിഷയരസം വിട്ടുപോകും പക്ഷെ അതിനു മുമ്പ് വിഷയരസത്തിനെ അല്പമൊന്നും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ആത്മാവിനോട് അടുക്കാനേ പറ്റില്ല അതുകൊണ്ടൊരു ഉപായം ഭഗവാൻ പറഞ്ഞു തന്നു നിരാഹാരയോഗം എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ ഏതേത് നമ്മളെ ചലിപ്പിക്കുന്നു ആ വസ്തുക്കളെ വിട്ടുമാറി നിൽക്കുക രാമകൃഷ്ണ പരമംശർക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ലാട്ടുന്ന് പേര് ആ ലാട്ടു പിൽക്കാലത്ത് മഹാതപസ്വിയായി പരമഹംസനായിരുന്നു ഒരു അക്ഷരം എഴുതാനറിയില്ല ബീഹാരിയാണ് ഒന്നും എഴുതാനും വായിക്കാനും അറിയില്ല കൂലിക്കാരനായിട്ടിരുന്ന ആളാണ് അയാളെ അദ്ഭുതാനന്ദ എന്നുള്ള പേരാണ് അദ്ദേഹത്തിന് സന്യാസനാമം കൊടുത്തത് വെച്ചാൽ അദ്ദേഹം തന്നെ അദ്ഭുതമായിരുന്നു ഒരു അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത ആള് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നും പഠിക്കാനോ ഒന്നും അറിയാത്തത് കൊണ്ട് ഗുരുവിന്റെ വാക്ക് തന്നെ പ്രമാണം രാമകൃഷ്ണപരമംസർ എന്തു പറഞ്ഞോ അതുപോലെ അനുസരിക്കും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആ കുടുംബം ആ സാഹചര്യത്തിൽ വന്നതുകൊണ്ട് അവരുടെ കുടുംബവും ആദ്യമൊക്കെ ഇവർക്കൊക്കെ ഈ മദ്യപാനത്തിന്റെ വാസന ഉണ്ടാവും എന്ന് കണ്ട് രാമകൃഷ്ണദേവൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എവിടെയെങ്കിലും ഒരു മദ്യഷാപ്പ് ഉണ്ടെങ്കിൽ ആ ഷാപ്പിന്റെ അടുത്തുകൂടെ നടക്കരുത് എന്ന് പറഞ്ഞൊരു ഇപ്പൊ ഇദ്ദേഹം കൽക്കട്ടയിൽ ഒരു സ്ഥലത്തിൽ നിന്നും ദക്ഷിണേശ്വരത്തേക്ക് വരണമെങ്കിൽ വരുന്ന വഴിയിൽ ഒരു മധ്യക്കടയുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റി നടന്നു വരുവോ ഇന്നത്തെ കാലത്താണെങ്കിൽ നടക്കാനേ പറ്റില്ല അന്ന് അദ്ദേഹം ആ ഒരു ഷാപ്പിന്റെ അടുത്തുകൂടെ വരാതിരിക്കാൻ വേണ്ടി എന്ന് വച്ചാൽ ഗുരു പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടുത്തുകൂടെ വന്നാൽ എനിക്കത് ഞാൻ അതുകൊണ്ട് ബാധിക്കപ്പെടുവോ ബാധിക്കപ്പെടില്ലയോ ഒന്നും ചിന്തിച്ചില്ല അടുത്തുകൂടെ പോവരുത് പറഞ്ഞാൽ പോണില്ല കഴിഞ്ഞു വളരെ ചുറ്റി വളഞ്ഞു പിൽക്കാലത്ത് അദ്ദേഹം എത്ര ഉയർന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരുന്നു എന്ന് വെച്ചാൽ അവധൂതനെ പോലെ നടന്നിരുന്നു ഇപ്പൊ ഇന്ന് പറഞ്ഞുവല്ലോ കൂർമ്മയോഗം അതിന് അദ്ദേഹത്തിന്റെ കഥയിൽ ഒരു ഉദാഹരണമുണ്ട് എവിടെയോ നിൽക്കുന്ന ഒരു ട്രെയിൻ്റെ ഉള്ളിൽ കയറി അദ്ദേഹം ധ്യാനിച്ചിരുന്നു സമാധിസ്ഥനായി ട്രെയിൻ ഓടി എവിടെയോ പോയി എത്തി ശേഷം അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ കൽക്കട്ട വിട്ട് എത്രയോ ദൂരം പോയിരിക്കുന്നു ട്രെയിൻ അവിടെ ഇറങ്ങി നിന്നിട്ട് നടന്നു ഒന്നും അറിയാം അറിഞ്ഞില്ല ഒരു അനുഭൂതി തലത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം സ്മൃതികഥ എന്ന് പറഞ്ഞ് ബംഗാളിയിൽ എഴുതപ്പെട്ട് മലയാളത്തിലും വിവർത്തനം ചെയ്യപ്പെട്ടു അദ്ഭുതാനന്ദ അപ്പോ അവരൊക്കെ ഈ നിരാഹാര യോഗം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു കൊടുത്ത അതേപോലെ ഒരു ഉയർന്ന അദ്ദേഹത്തിന്റെ ഓരോ ശിഷ്യന്മാർക്കും അദ്ദേഹം ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കും രാമകൃഷ്ണ പരമഹംസർ ഇന്നന്നെ ആളുകളോട് പറയും ഇന്നത് കഴിക്കരുത് അതാണ് ഒരു ഗുരുവിന്റെ ആവശ്യം അവിടെ ഒക്കെയാണ് വരണത് ഇവരെയൊക്കെ ഈ ചെറുപ്പക്കാരെയൊക്കെ കൂടെ വെച്ചുകൊണ്ട് ആഹാരം കൊടുക്കുക ഇത്ര ചപ്പാത്തി അവർക്ക് ഭക്ഷണം ഒക്കെ അദ്ദേഹം അതിൽ കൂടുതൽ കഴിച്ചാൽ പറ്റില്ല ഇത്ര കഴിക്കാം ഇത്ര കണ്ടേ കഴിക്കാൻ പാടുള്ളൂ അവരെ രാത്രി എഴുന്നേൽപ്പിച്ച് ജപിപ്പിക്കുക ധ്യാനം ചെയ്യിപ്പിക്ക ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും കൊടുത്ത് ഓരോരുത്തരുടെ വാസനക്കനുസരിച്ച് അവരവർക്ക് ഇന്നത് ഉപേക്ഷിക്കൂ ഇന്നതിന്റെ അടുത്ത് പോകരുത് ഇന്ന വസ്തുക്കളുടെ അടുത്ത് പോകരുത് എന്നൊരു ഇൻസ്ട്രക്ഷൻ അതിൽ വളരെ രസകരമായ ഒരു കഥ സ്വാമി വിജ്ഞാനാനന്ദ എന്ന് പറഞ്ഞൊരു സന്യാസി അദ്ദേഹത്തിന് ഹരിപ്രസന്ന പേരായിരുന്നു രാമകൃഷ്ണദേവന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമവംസർ കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ സ്ത്രീകളിൽ നിന്നും വളരെ അകന്നിരിക്കുക അദ്ദേഹത്തിനാണ് ആ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അത് എന്തോ അദ്ദേഹത്തിൽ ഒന്ന് കണ്ടിട്ടുണ്ടാവും പറഞ്ഞു അതാ കണിശമായിട്ട് അദ്ദേഹം പിടിച്ച് വളരെ കണിശമായിട്ട് പിടിച്ചിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു ആശ്രമത്തിലധിപതിയായിരുന്നപ്പോ രാമകൃഷ്ണ മിഷന്റെ അന്നത്തെ അധിപതിയായിരുന്ന ശിവാനന്ദ സ്വാമി പറയുമത്രേ ഈ വിജ്ഞാനാനന്ദ ഇരിക്കുന്ന ആശ്രമത്തിന്റെ ഉള്ളിൽ സ്ത്രീ ആയിട്ടുള്ള ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റില്ല അത്ര കണ്ട് അദ്ദേഹം കണിശമായിരുന്നു അത് അതിര് കടന്നുപോയി എന്നുവെച്ചാൽ അദ്ദേഹം വളരെ യോഗത്തിൽ ഉയർന്ന സ്ഥിതി ആ വാക്കു പാലിക്കാൻ ഗുരുവിനോടുള്ള വാക്കു പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്ത്രീകളോടായിരുന്നു അത് എങ്ങനെ അതിര് കടന്നു എന്ന് വെച്ചാൽ രാമകൃഷ്ണദേവന്റെ ധർമ്മപത്നിയായ ശാരദാദേവിയും അവരൊക്കെ രാമകൃഷ്ണ ഭക്തന്മാരൊക്കെ അവരെ ജഗതീശ്വരിയായിട്ട് കണക്കാക്കിയിരുന്നത് ആ അമ്മയുടെ അടുത്ത് പോലും പോല എന്താ അവരും സ്ത്രീയല്ലേ അവരുടെ അടുത്തും പോവില്ല അവരെയും കാണാനോ അടുത്ത് പോവോ ഒന്നും അപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ കുറെ സ്ത്രീകളെയൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് വലിയ വശമായി അപ്പോ ഒരു ദിവസം രേന്ദ്രനാഥ് വിവേകാനന്ദ സ്വാമികൾ ശാരദാദേവിയെ കാണാനായിട്ട് പോവാണ് പോകുമ്പോ ഇദ്ദേഹം ഈ വിജ്ഞാനന്ദ അദ്ദേഹത്തിന് ഹരി പ്രസന്നു വിളിക്കും അപ്പോ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ഹരി ഞാൻ അമ്മയെ കാണാൻ പോവാണ് എന്റെ കൂടെ വരണോ ശാരദാദേവിയെ കാണാൻ പോവാണ് എന്റെ കൂടെ വരും എല്ലാവർക്കും ഇവർക്കൊക്കെ രാമകൃഷ്ണദേവന്റെ ശിഷ്യന്മാർക്കൊക്കെ വിവേകാനന്ദനെ പേടിയാണ് എല്ലാരും ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരാണെങ്കിലും ഞങ്ങളൊക്കെ സമമാണെന്നുള്ള ഭാവം അവർക്കുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഉയർന്ന സ്ഥിതി അവർക്കൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം വിളിച്ചാൽ വരില്ല എന്ന് പറയാനും പേടിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ ശാരദാദേവിയെ കാണാൻ വരൂ എന്ന് വിളിച്ചു വിളിച്ചപ്പോ ഇദ്ദേഹം കൂടെ കൂടി പക്ഷെ ഇദ്ദേഹത്തിന് പോകാൻ ഇഷ്ടല്ല അപ്പോ ഇത് വിവേകാനന്ദ സ്വാമിക്കും അറിയാം ഇദ്ദേഹം ആ സമയമൊക്കെ കടന്നുപോയിട്ടും വീണ്ടും അദ്ദേഹത്തിനുള്ളിൽ ആ രസമുള്ളത്തോളമേ ഈ നിരാഹാരയോഗം വേണ്ടിയുള്ളൂ അത് അതിൽ കടന്നു പോയി അതിനുവേണ്ടി തന്നെ ആ കൂട്ടിക്കൊണ്ടു പോകണത് പോകുന്ന വഴിയിൽ തോണിയിൽ പോവാണ് തോണിയില് ഗംഗയിൽ പോകുമ്പോ വിവേകാനന്ദ ഗംഗാജലം ഇങ്ങനെ എടുത്ത് ശിവശിവ ശിവശിവ ശിവശിവ ശിവശിവ എന്ന് പറഞ്ഞ് പ്രോക്ഷണം ശിരസല്ല ഇടയ്ക്കിടയ്ക്ക് ഗംഗാജലം എടുക്കുന്നു ശിവശിവ എന്ന് പറഞ്ഞ് പ്രോക്ഷണം ചെയ്യുന്നു ഇത് കുറേ നേരം കണ്ടപ്പോ ഇദ്ദേഹം വിജ്ഞാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമവംശർ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻ വെച്ചുവല്ലോ തന്റെ പതിനാറ് ശിഷ്യന്മാരില് പതിനഞ്ച് പേർക്കും ഇൻസ്ട്രക്ഷനുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആഹാരത്തിന്റെ കാര്യത്തിൽ വളരെ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിവേകാനന്ദന്റെ കാര്യത്തിൽ മാത്രം രാമകൃഷ്ണ പരമവംശർ ഒരു ഇൻസ്ട്രക്ഷനും വെച്ചില്ല ഒരു നിയന്ത്രണവും വെച്ചില്ല അദ്ദേഹം തന്നെ പറയുമായിരുന്നു അവൻ എന്തും ആവാം അഗ്നിയാണ് അതിനകത്ത് എന്തും പോയി ദഹിച്ചോളും ഒന്നും അവിടെ ബാധിക്കില്ല എന്നൊരു സ്പെഷ്യാലിറ്റി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അത് പരിശുദ്ധമാണ് അശുദ്ധി ബാധിക്കാൻ പറ്റില്ല അവിടെ നിന്ന് രാമകൃഷ്ണപരമംസർ ഉറപ്പായിരുന്നു അങ്ങനെയുള്ള വിവേകാനന്ദ സ്വാമി ഇപ്പൊ ഗംഗാജലം എടുത്ത് പ്രോക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്തോ അശുദ്ധി പോക്കാനുള്ള ഒരു ഭാവം പോലെ അപ്പോ വിജ്ഞാനന്ദ സ്വാമി ചോദിച്ചു സ്വാമിജി നിങ്ങൾ എന്താ ചെയ്യണേ ഇടയ്ക്കിടയ്ക്ക് ഈ ഗംഗാജലം എടുത്ത് പ്രോക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ വിവേകാനന്ദ പറഞ്ഞു ഞാൻ സന്യാസിയാണ് തപസ്സും ചെയ്തിട്ടുണ്ട് രാമകൃഷ്ണദേവന്റെ ശിഷ്യനാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭോഗഭൂമിയായിട്ടുള്ള ആ പാശ്ചാത്യ നാട്ടില് അവിടെ ഭോഗം മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് രണ്ടു വർഷം ജീവിച്ചിട്ട് വന്നു അറിയാതെ എന്തൊക്കെ ഉള്ളിൽ കടന്നിട്ടുണ്ടാവോ എന്ന് അറിയില്ല ഭോഗഭൂമി എന്തെങ്കിലും അശുദ്ധി അകമേക്ക് കടന്നിട്ടുണ്ടാവാം ഇപ്പൊ ഞാൻ കാണാൻ പോണത് ആരെയാണ് പരമപവിത്ര സ്വരൂപിണിയായ അമ്മയെ കാണാൻ പോവാണ് നമ്മുടെ ഗുരുപത്നിയാണ് ഗുരുവിന്റെ പത്നിയാണ് അതും രാമകൃഷ്ണ പരമവംസരെ തന്നെ തന്റെ പത്നി എന്നുള്ള ഭാവമില്ലാതെ ഇരുത്തി ഷോഡശോപചാര പൂജ ചെയ്തതാണ് അങ്ങനെയുള്ള അമ്മയെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും അശുദ്ധിയും കൊണ്ട് പോവാൻ പാടില്ല അതുകൊണ്ടാണ് ഗംഗാമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ പവിത്രമാക്കൂ എന്ന് പറഞ്ഞ് പ്രോക്ഷണം ചെയ്തുകൊണ്ടേ പോണത്തായിരുന്നു അപ്പൊ തന്നെ ഇദ്ദേഹത്തിന് പ്രിപ്പയർഡ് ടു ഫേസ് ഹെർ ഒരു ഒരു പ്രിപ്പറേഷൻ ആണ് എന്നിട്ട് അവിടെ ശാരദാദേവിയുടെ സന്നിധിയിലെത്തിയപ്പോ പ്രസൻ പ്രസൻ ഹൺ എന്നെ വിളിക്കുള്ളൂത്തേ നീ ബംഗാളികൾക്ക് പല വാക്കുകളും വരില്ല അത് വിവേകാനന്ദനായാലും ശേഷം ബംഗാളികളെ കുറിച്ച് കളിയാക്കി പറയും ഹാപ്പി ന്യൂ ഇയർ എന്നൊരു ബംഗാളിക്ക് പറഞ്ഞു അത്രേ ആ ബംഗാളി ഷെയിം ടു യു എന്ന് പറഞ്ഞു അതുപോലെ ഇദ്ദേഹം പ്രസന്നാന്ന് വിളിക്കുന്നതിന് പകരം ഹേ പശൻ വിളിക്കുന്നു പശൻ അമ്മയെ പോയി നമസ്കരിച്ചിട്ട് വരൂന്ന് ഇദ്ദേഹം പോയി ശാരദാദേവിയെ മുഖത്തുപോലും നോക്കാതെ ഒരു നമസ്കാരം കൊടുത്തിട്ട് എണീറ്റ് തോന്നും അപ്പോ വിവേകാനന്ദ സ്വാമി ഇങ്ങനെയാണോ മകൻ നമസ്കരിക്കണത് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി പോയി അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിക്കുമ്പോ കണ്ണീരില് കുതിർന്നു എന്നാണ് ഈ വിജ്ഞാനന്ദൻ സ്വാമി തന്നെ പിന്നീട് പറയണു വീരനായിട്ടുള്ള ഒരു നരേന്ദ്രനെ ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്തിനെ മുഴുവൻ യുക്തിചിന്ത കൊണ്ടും തന്റെ പാണ്ഡിത്യം കൊണ്ടും കിടക്കിടാവറപ്പിച്ച ആളെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ എപ്പോഴും രാമകൃഷ്ണ പറഞ്ഞിട്ടുള്ളത് അവന്റെ മുഖം ഒരു ഭക്തന്റെ മുഖമാണ് ആ ഭക്തി ഞാൻ കണ്ടില്ല ഇപ്പൊ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോ കണ്ണീരിൽ കുളിച്ച് ശരീരം മുഴുവൻ കുതിർന്നിട്ട് അത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചപ്പോ ശാരദാദേവി നരേൻ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ തലയിൽ തട്ടിയത്രേ എണീറ്റു എന്നിട്ട് വിജ്ഞാനായൻ സ്വാമിയെ നോക്കി അദ്ദേഹം നമസ്കരിച്ചു നമസ്കരിച്ചപ്പോ അദ്ദേഹത്തിനെയും തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കുടിർമ ഉണ്ടായി എന്നുവെച്ചാൽ ഗുരു പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇത്ര കാലം കടുകിടവിടാതെ പാലിച്ചുവല്ലോ രസവർജം എന്നൊരു ഭഗവാൻ ഒരു ലൈസ ഒരു നിയമം വെച്ചു രസം പോയാൽ പിന്നെ ആ രസം ഈ സ്പർശം ഏറ്റതോടുകൂടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ വാസനയും പോയി അദ്ദേഹം അതിനുശേഷം അമ്മയുടെ ഒരു ഭക്തനായിട്ട് ദേവിയുടെ ഒരു ഭക്തനായിട്ട് മാറി അദ്ദേഹം പിന്നീട് പറയും രാമകൃഷ്ണ ദുഷ്ട എനിക്ക് അമ്മ മതിയെന്നാണ് രാമകൃഷ്ണദേവൻ വേണ്ട എന്താണെന്ന് വെച്ചാൽ രാമകൃഷ്ണദേവ അവര് പാടില്ല അവര് പാടില്ല അദ്ദേഹത്തിന് ഒരുപാട് ആചാരവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അതൊന്നുമില്ല അങ്ങനെ ഒരു ഒരു വാത്സല്യം വാത്സല്യ ഭക്തി ആയിട്ട് മാറി അപ്പൊ എന്തിനു പറയണു നമ്മൾ ഗുരു പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെങ്കിലും ഗുരു പുറമേക്കല്ലെങ്കിലും നമ്മളുടെ ശുദ്ധബുദ്ധി തന്നെ ഗുരു നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഏത് കുഴപ്പം എന്ന് നമ്മൾ കണ്ടുവോ അതിനെ കടുകടവിടാതെ പാലിച്ചാൽ നമ്മൾ അതിന്റെ തലം കടന്നുപോയി ഒരു സ്ഥിതിയിലെത്തിയാൽ ഭഗവാൻ തമണിനെ നമ്മളെ അതിനൊക്കെ സ്വതന്ത്രനാക്കും നമ്മളായിട്ട് നമ്മൾ സ്വതന്ത്രരായി കരുതിക്കൊള്ളാൻ പാടില്ല നമുക്കായിട്ട് അതിനുള്ള ലൈസൻസ് ഇല്ല നമ്മളായിട്ട് ഏഹ് എന്നെ ഒന്നും ബാധിക്കില്ല എനിക്ക് സിനിമയും കാണാം ടിവിയും കാണാം എന്തും ഭക്ഷിക്കാം എന്നെ ഒന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ യോഗവും സമാധാനവും ശാന്തിയും നമ്മളുടെ അഭ്യാസവും ഒന്നും പ്രയോജനപ്പെടില്ല അതുകൊണ്ടാണ് ഋഷികൾ ഒരു മാർഗമൊക്കെ ഇട്ടു തന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കൂ ഇങ്ങനെ തന്നെ ജീവിക്കണോ അങ്ങനെ ജീവിക്കണമെന്നല്ല ശാസ്ത്രം അറിയുന്ന ആൾക്കാണെങ്കിൽ അവരവർക്കായി മാർഗത്തിൽ ജീവിക്കാം ഇന്ദ്രിയ നിഗ്രഹം ഈ നമുക്ക് ഋഷികൾ ഇന്ന വിധത്തിൽ ജീവിക്കണം എന്നൊക്കെ മാർഗമിട്ട് തന്നതിന്റെ ഉദ്ദേശം അധികം പേരെയും ഗീതയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് ഒരു ഒരു പാത്രം ഉണ്ടാക്കി കൊടുത്തു അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് തത്വം അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഏതേത് ചഞ്ചലപ്പെടുത്തുമോ ഏതേത് നമ്മളുടെ സമാധാനം കേടുവരുത്തുമോ ഏതേത് നമ്മളെ ഈശ്വരനിൽ നിന്നും അകറ്റിക്കളയുമോ ഏത് ഇരുട്ടിന്റെ കവാടം തുറക്കുമോ അത്തരത്തരം വസ്തുക്കളോട് സമ്പർക്കം പുലർത്താതിരിക്കുന്നതാണ് യുക്തമായിട്ടുള്ളത് അതാണ് നല്ല വഴി അതിന് ഒരു രക്ഷയോടുകൂടെ ജീവിച്ചാണോ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അല്ലാതെ ആ വസ്തുക്കളോട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് അത് നമ്മളെ കടിക്കണോ കടിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പിനെ കയ്യിൽ വെച്ചുകൊണ്ട് അത് കടിക്കണോ അത് കടിക്കാനേ അതിനറിയുള്ളൂ അതെന്ത് ചെയ്യും വിഷയങ്ങൾ അടുത്തുവെച്ചുകൊണ്ട് അത് ബാധിക്കണമെന്ന് പറഞ്ഞ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ബാധിക്കും അത് നമ്മളെ ദുഃഖിപ്പിക്കും അപ്പോ വിഷയാ വിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിന വിഷയങ്ങളുമായി സമ്പർക്കം പുലർത്താതെ ഇരിക്കുന്നവരെ അവരുപദ്രവിക്കില്ല പക്ഷെ ഉപദ്രവിക്കാത്തതുകൊണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ അഹങ്കാരം വന്നു പോകും എന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ച് അതിനകത്ത് പോയി വീണു പോകരുത് ഉള്ളിൽ ഫ്യൂവൽ ഉണ്ട് എപ്പോഴും അപ്പൊ ആ ഫ്യൂവൽ ഉള്ളത്തോളം കാലം ഡോണ്ട് ബി ഓവർ കോൺഫിഡന്റ് അതാണ് ഭഗവാൻ പറഞ്ഞത് രസവർജം രസം ഉള്ളിലുള്ളത്തോളം കാലം വിഷയങ്ങൾ അപകടം തന്നെയാണ് ആ രസം എപ്പ വറ്റിപ്പോകും എന്ന് വെച്ചാൽ ജ്ഞാനമാകുന്ന സൂര്യൻ അകമയെ പ്രകാശിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം അകമയ്ക്കുണ്ടായാൽ സർവവും ബോധമയമായിട്ട് കണ്ടാൽ ജഗത്ത് മുഴുവൻ ബോധസ്വരൂപമായിട്ട് കാണുമ്പോൾ അപ്പൊ ഈ രസം വറ്റിപ്പോകും രസം വറ്റിപ്പോയാൽ പിന്നെ ഇന്ദ്രിയ വ്യാപാരം സ്വയമേവ നിലച്ചുപോകും അപ്പൊ പിന്നെ ഇന്ദ്രിയങ്ങളിൽ വ്യാപാരിക്കാവോ എന്ന് ചോദിച്ചാൽ വ്യാപരിക്കേണ്ടി വരില്ല രശമില്ലാത്തവൻ ഊണ് കഴിക്കുവോ വിഷയങ്ങളോട് രുചിയില്ലാത്തവൻ പുലർത്തുവോ അപ്പൊ സഹജമായി ജീവൻമുക്തി സ്ഥിതി വന്നുപോകും പരമഹംസപദം വന്നുപോകും അപ്പൊ അതുവരെ വിഷയങ്ങളോട് ജാഗ്രത പുലർത്തുക എന്നുള്ള ഒരു വാണിങ്ങാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് നമുക്ക് തരുന്നത് രസവ്രജം രസോപ്യസെ പരം अल्लोकम यत तो ह्यकतेयाष से हरिप्रस बल बुद्धियों आले पढ़चिटेल प्रज्ञावान भी पंडिच्माधदृक् വ്യാലിയുടെ ബഹുദാ സംബോധിതോപി സ്വയം ആചാര്യ സ്വാമി വിവേകചൂടാമണിയിൽ പറയണം നല്ല ബുദ്ധിയുണ്ട് പണ്ഡിതനാണ് പ്രജ്ഞാവാന പി പണ്ഡിതോപി ചതുരോപി നല്ല സാമർത്ഥ്യമുള്ള ആളാണ് അത്യന്ത സൂക്ഷ്മർത്ഥത്തിൽ സൂക്ഷ്മമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ടായിട്ട് പോലും ഈ വിഷയവാസന എന്ന് പറയുന്ന തമോ ഗുണം പിടികൂടിക്കഴിയുമ്പോ എത്ര പുറമേക്ക് ആര് പറഞ്ഞാലും ബോധിക്കില്ല എന്ന് നമ്മൾ എന്ത് തന്നെ മനസ്സിലാക്കിയാലും എന്ത് പ്രജ്ഞ ഇവിടെ വിപശിത അറിവുള്ളവനെ പോലും അറിവുള്ളവൻ എന്ന് വേണ്ട അല്പസ്വല്പം അനുഭൂതിയുള്ള ആളാണെങ്കിൽ പോലും അല്പസ്വല്പം അനുഭൂതിയുള്ള ആളാണെങ്കിൽ പോലും യത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി യത്നം ചെയ്യുന്നിടത്തോളം യത്നം ചെയ്യുന്നവൻ അവിടെ ഉണ്ട് അല്ലെ യത്നം ചെയ്യുന്നവൻ അവിടെ ഉള്ളത്തോളം കാലം ഇന്ദ്രിയാണ് ഇപ്രമാധീനി ഇന്ദ്രിയങ്ങൾ വഴിപഴപ്പിക്കുന്നവയാണ് എന്നാണ് വിശ്വസിക്കാൻ കൊള്ളില്ല ഹരന്തിപ്രസഭം മനഃ മനസ്സിനെ ഒരു ക്ഷണ നേരത്തിൽ അത് കൊണ്ടുപോയി കളയും എവിടെ കൊണ്ടുപോയി എന്ന് തന്നെ അറിയാതെ കൊണ്ടുപോയി കളയും നമ്മൾ ജാഗ്രതയോടെ കൊണ്ടുപോയി കളയും ഒരാൾ പറഞ്ഞു കുതിരയ്ക്ക് കാവലിരുത്താൻ ഒരു ജോലിക്കാരനെ കണ്ടുപിടിച്ചു ജോലിക്കാരൻ അല്പം ബുദ്ധി ഫിഫ്റ്റി പെർസെന്റ് ആണ് അപ്പൊ രാത്രി കുതിരയും കൂടി യജമാനന്റെ കൂടെ ജോലിക്കാരനും കൂടെ പോയതാണ് അപ്പൊ യജമാനൻ ഉറങ്ങണം ജോലിക്കാരനോട് പറഞ്ഞു കുതിരയെ നോക്കിക്കൊള്ളോട്ടോ ആരെയും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു ഓ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ അയാള് അല്പ യജമാനം ഉറങ്ങാൻ തുടങ്ങിയപ്പോ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു എനിക്ക് ഉറക്കം വരാതിരിക്കാൻ പറഞ്ഞു വരും അപ്പൊ എന്തെങ്കിലും ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ യജമാന ഇടയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചോദിച്ചു എന്താ ചിന്തിച്ചത് ചിന്തിക്കുന്നത് അല്ല ഞാൻ വിചാരിച്ചു ഈ മലകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇത്ര വലിയ മലയുണ്ടാക്കാനുള്ള കല്ലും മണ്ണും ഒക്കെ എവിടുന്നുണ്ടായി ചിന്തിക്കണോ നല്ലത് എന്തോ ചിന്തിച്ചോണ്ടിരിക്കണോ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എണീറ്റപ്പോ ചോദിച്ചു എന്താ ചിന്തിക്കണല്ല ഈ സമുദ്രത്തിലെ ഇത്രയധികം ആഴം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഈ മണ്ണ് മാന്തിയിട്ട് ഇട്ടതായിരിക്കും ഈ മല എന്നിട്ട് വെള്ളം നിറച്ചതാണ് സമുദ്രം ഓ എന്തോ ചിന്തിച്ചോണ്ടിരിക്കണം ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇയാൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയും യജമാനം ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നേരം വിളിച്ചു ആയി വിളിച്ചോയപ്പോ ഇപ്പൊ എന്താ ചിന്തിക്കണോ ചോദിച്ചോല അപ്പൊ കുതിരയെ ആരാ ഇതുപോലെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഇന്ദ്രിയങ്ങള് എന്ത്യോ അത്ര നമ്മളുടെ ഹരന്തിപ്രസവം മന ഈ മനസ്സിനെ എവിടെ കൊണ്ടുപോയി എന്നറിയാതെ അതിന്റെ വഴിക്ക് അത് വലിച്ചുകൊണ്ട് ആകർഷിച്ചുകൊണ്ടുപോയി അപ്പൊ അത് മുഴുവൻ സമാകർഷിച്ച് തൻവശത്തിൽ വെച്ചുകൊണ്ട് സ്വരൂപനിഷ്ഠം ആക്കാൻ ശ്രമിക്കുക അതിനുള്ള ഒരു ഉദ്ബോധനമാണ് അടുത്ത ശ്ലോകം താനി സർവാണി സംയമ്യ യുക്തീത മത്പര വശേന്ദ്രിയതിഷിത്ത അങ്ങനെ സകല ഇന്ദ്രിയങ്ങളെയും വശപ്പെടുത്തി സംയമ്യുക്തീത യുക്ത എന്ന് വെച്ചാൽ ഒരേ അടിക്കും ഇന്ദ്രിയങ്ങളെ മുഴുവൻ പഷ്ണി കിട്ടാൻ ഇന്ദ്രിയങ്ങൾ കോപിച്ച് നമ്മളെ ദ്രോഹിക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ടെന്നാണ് നമ്മളുടെ ശാസ്ത്രം ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളാണ് അതാണ് വൈദികമായും ആർഗം വളരെ മോഡറേഷന്റെ പാത്താണ് അപ്പോ എന്താന്ന് വെച്ചാൽ ഋഷികൾക്ക് ഒന്നും ബലം പ്രയോഗിക്കാൻ പാടില്ല ഓരോ ദേവതകളും നമുക്ക് ക്ലിയറൻസ് തരണം ഓരോ അംഗങ്ങളും അതുകൊണ്ടാണ് ബ്രാഹ്മണര് ഓരോ ആചമനം ചെയ്യുമ്പോൾ ഓരോ അംഗങ്ങളെയും സ്പർശിക്കണം ഈ അംഗങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾ സർവേന്ദ്രിയ നിഗ്രഹങ്ങൾ ഉണ്ടായി സർവേന്ദ്രിയങ്ങളെയും പൂട്ടിയിട്ട് വേണം അകമേ ഭഗവാനെ ധ്യാനിക്കാം ഇപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ അധിഷ്ഠാന ദേവതകൾ നമ്മൾ അതിനെ മോഡറേഷനോടുകൂടെ ആരാധിക്കുന്നത് കൊണ്ട് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ എന്ത് ചെയ്യും ബലിയിടും അല്ലെ ദിവസം രാത്രിയും പകലുമൊക്കെ ആ ബലി എന്തിനാന്ന് വെച്ചാൽ ചില ഭൂതങ്ങൾ ചില ദേവതകൾ ചിലത് ക്ഷുദ്രമായിരിക്കും ചിലത് മംഗളദേവതകളായിരിക്കും എന്തൊക്കെയാണെങ്കിലും അവരൊന്നും അകമയുള്ള ദേവതാരാധനയ്ക്ക് വിഘ്നം വരുത്താതിരിക്കുക എന്നുള്ള ഒരു മാർഗത്തിലാണ് ഈ ബലിയിടുന്നത് അതേപോലെ ഹൃദയത്തിലുള്ള ഈ ആത്മദേവനെ ആരാധിക്കാൻ യോഗിക്ക് വിഘ്നം വരാത്ത വിധത്തിൽ ചുറ്റുമുള്ള ഈ ദേവതകളായ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പപ്പം ബലിയിട്ടുകൊടുത്ത് അതാത് സ്ഥാനത്ത് നിർത്തണം അവരെ അതിരുകിടന്ന് ഉപദ്രവിക്കരുത് അവർ കോപിക്കും പ്രീണിപ്പിച്ചാൽ അവര് നമ്മളെ അകത്തേക്ക് കടത്തുകയല്ല അതുകൊണ്ട് അവരെയൊക്കെ ഒരു മോഡറേഷനിൽ നിർത്തുന്നതാണ് ഇവിടെ യുക്ത ആ എന്നൊരു പദം ഭഗവാൻ അവിടെ വെച്ചു എല്ലാത്തിനും കൊടുക്കേണ്ട അത്ര കൊടുക്കുക വലി കൊടുക്ക എന്നിട്ട് എനിക്ക് ശരണാഗതി ചെയ്യുന്ന ഭാവത്തോടുകൂടെ മത്പരാഹ ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ അന്തർമുഖമാക്കി അവരോടൊക്കെ പ്രാർത്ഥിക്കുക അതാണ് നമ്മൾക്ക് പറയുമല്ലോ കണ്ണെ ഭഗവാനെ ആരാധിക്കൂ ചെവി ഭഗവത് വിഷയങ്ങൾ കേൾക്കൂ ഇങ്ങനെ പതുക്കെ വശപ്പെടുത്തി വശേഹി എസീന്ദ്രിയാണ് ഇന്ദ്രിയങ്ങൾ ആരുടെ വശത്തിലിരിക്കുന്നു അവൻ താപസനാണ് അവന്റെ ജീവിതം തന്നെ തപസാണ് അവന്റെ അകമയ്ക്കുള്ള ബോധം തെളിഞ്ഞ് അവന്റെ ബോധം ഉജ്ജ്വലമായ ശാന്തിയെ സ്വരൂപമായി സ്ഥിരതയെ സ്വഭാവമായി ഒരു നിറഞ്ഞ പ്രതീതിയോടുകൂടി അകമയ്ക്ക് ആത്മാനുഭവം തെളിഞ്ഞുവരുമന് അതിനുള്ള വഴിയാണ് ഭഗവാൻ ഇനി മേൽക്കൊണ്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന നാളെ വരുന്ന ശ്ലോകങ്ങള് അത്ഭുതമായ ശ്ലോകങ്ങൾ എങ്ങനെയാണ് നമ്മൾ പടിപടി പടിപടിയായി സത്യസ്ഥിതിയിൽ നിന്നും ചുതിച്ചു പോകുന്നത് എന്നൊക്കെ അത്ഭുതമായി പറയുന്ന ശ്ലോകങ്ങൾ അതൊക്കെ നമ്മൾ നാളെ കാണും രാവിലെ പതിവ് പോലെ ഏഴു മണി മുതൽ എട്ട് മണി വരെ സദ്ദർശനം പ്രഭാഷണം ഇവിടെ തന്നെ ഉണ്ടായി ഫാളാവനമ്രത്കിരീട്ടം ഫാളനേത്രാചിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദ അംഗേ വിരാജുജംഗ്രഗംഗാതംഗാഭിരാമോത്തവാംഗവാണീകുരംഗം സിദ്ധസംസേവിതൃ ഭജേ മാർഗന്ധുവാ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ നിിദന്ദശേഷോകേശ വൈരി പ്രതാ കാ കരാഗിന്ദ്രാപം കൃത്വാസം ഭജേ ദിവസന്മാർബന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേശ ശംഭോ ശംഭോ മഹാദേവേവ കപ്പർപ്പനീശം കാളകന് മഹേശം മഹാവ്യോമകേശം കുന്ദുശം കോട്ടിസൂര്യ പ്രകാശ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവ ൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭു ശംഭോ മഹാദേവേവേ സുഖിന് സന്തു േ സന്തു നിരാമയാേ ഭദ്രാണു പശ്യൻ് മാ കിഖഭനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകത്തെസ്വഭാ കോമസം പരസ്മൈ നാരായണയേതി സമർപ്പയാ യത്മാവസി ത്വമ തോന്നും മമ കിഞ്ചിസ്തിയതേഷ്ടുരുവാ തഥൈവ മാത്മനം ഭരണമാർവതീപതേ